സംസാരംഭ രാജ സ Om Sri Rama Hare താവാൻഷ്യു അന്തർഹൃദയാ പൃഥി അന്തരേവ സമാദേ ഉഗ്നിശ്ചായ സൂര്യാചന്ദ്രമസോ ഉഭോ വിദ്യു നക്ഷത്ര तम सर्वं अस्म चेद्द ब्रह्मपुरी सर्व सर्वाता काम यदेतरा अपनोदी। പ്രധംസ്യതോമാനാത്മീയത്തേഹവത്തോസ് ലോകെ തധൈചാത്മീയത്വന വിദ്യേ നഷ്ടം ഭക്ഷ്യശ്ചന അത്യന്തകാശേ സമാധാനുപത്തെ ഇവിടെ പറയുന്നത് എല്ലാം ഈ ഹൃദയാകാശത്തിലാണ് ഈ ആകാശ സദൃശമാണ് ഉള്ളിലാകാശം യാവൻ വയമാകാശം ഈ കാണുന്ന ആകാശം പോലെ ആണ് ഉള്ളിലാകാശം അതിലാണ് ദുലോകം പൃഥ്വി എല്ലാം അഗ്നി വായു സൂര്യൻ ചന്ദ്രൻ വിദ്യ നക്ഷത്രങ്ങൾ ഇവിടെ എന്തെല്ലാം ആത്മീയ വിദ്യ ഇത് എന്താണോ ഇല്ലാത്തത് തൻ്റെതല്ലാത്തത് എന്നുള്ള അർത്ഥത്തിൽ നഷ്ടം ഭവിച്ച അല്ലെങ്കിൽ ഉണ്ടായി നശിച്ചത് എന്തെല്ലാം തന്റേതായിട്ടുണ്ടോ എന്തെല്ലാം ഉണ്ടായിട്ട് നശിക്കുന്നു ശൂന്യതയല്ല പറയുന്നു സസ്യഹൃദ്യകാശ സമാധാന അനുഭൂത സർവ്വ ീ ആകാശത്തെ ആശ്രയിച്ചിരിക്കുന്നു ഇങ്ങനെ ഇവിടെ ദുപാസനയ്ക്ക് വേണ്ടി പറയുകയാണ് കാരണം നമ്മൾ മനസ്സിലാക്കുന്നത് പുറമേ ഈ ആകാശത്തെ ആശ്രയിച്ചിട്ടാണ് ഇതെല്ലാം നിൽക്കുന്നത് അങ്ങനെ തന്നെയാണ് പൃഥിവി തത്വം അഗ്നി വായു ഇതെല്ലാം ആകാശത്തിലാണ് കാണുന്നത് സൂര്യൻ ചന്ദ്രൻ വിദ്യുത് നക്ഷത്രങ്ങൾ എല്ല ആകാശ എന്തെല്ലാം ഇവിടെ ഉണ്ടോ തൻ്റെതായിട്ടുണ്ടോ എന്തെല്ലാം തന്റേതായി ഉണ്ടായതെന്ന് നഷ്ടപ്പെട്ടോ ഇല്ല ഈ ആകാശത്തിലെന്നാണ് സാധാരണ അനുഭവം കാരണം ബാഹ്യമായെല്ലാം കാണുന്നതുകൊണ്ടും അറിയുന്നതുകൊണ്ടും പക്ഷെ ഇവിടെ പറയുന്നു ഇതെല്ലാം ഹൃദയ ആകാശത്തിലാണ് ഈ ബാഹ്യമായ ആകാശത്തിന് സദൃശമായി അത് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒരാകാശിലുണ്ട് വാസ്തവത്തിൽ പുറമേയുള്ള ആകാശത്തിലല്ല ഇത് നിൽക്കുന്നത് ഇതെല്ലാം തൻ്റെ ഉള്ളിലിരിക്കുന്ന കുടീകത്തിൽ ഉള്ള ആകാശത്തിലാണ് അതിനാണിത്വർ അക്ഷരേ ഗാർഗ്യ ആകാശ ഈ ആകാശത്തിലാണ് സർവവും ബോധവും പ്രോതവുമായിരിക്കുന്നല്ല ബാഹ്യമായ ആകാശത്തിലല്ല എന്ന് ഉപാസിക്കുന്നു ാണ് ഉപാസനയെ കുറിച്ച് പറയുന്നത് ഇങ്ങനെ പറയുമ്പം അന്തേവാസികൾ ഇതിനെ കുറിച്ച് പറയുന്നു ഇതം സമാർ അപ്പോൾ ശിഷ്യന്റെ അഭിപ്രായമാണ് അങ്ങനെയാണെങ്കിൽ സർവം സമാഹിതം എല്ലാം ഇതിൽ തന്നെയാണ് സമാഹിതമായിരിക്കുന്നത് മുമ്പ് പറഞ്ഞതുല്ല യഥാവാാര നാഭോ എങ്ങനെയാണോ നാഭിയിൽ ആരക്കാലുകളെല്ലാം യോജിച്ചിരിക്കുന്നത് പോലെ സർവവും ഇതിൽ തന്നെയാണ് യഥോക് ബ്രഹ്മപുര ഉപലക്ഷിത അന്തരാകാശി സർവസമാഹിതം സർവാണിച്ച് ഭൂതാനി സർവഭൂതങ്ങളും സർവപ്രാണികളും സർവേച കാമാ സർവകാമവും സർവഫലങ്ങളും കാരണം ഇവിടെ ഉപാസന ഫലത്തെ ഉദ്ദേശിച്ചിട്ടാണ് ഉപാസകനൊരു ഫലം ആഗ്രഹിക്കുന്നുണ്ട് ഈ എല്ലാ ഫലവും എല്ലാം ഇവിടെ പറയും ഈതക്കൾ ശ്വശ്രുക്കൾ ഭ്രാതാക്കൾ ഇങ്ങനെ പറയും ഇത് സർവവും ഈ ഹൃദയത്തെ ആശ്രയിച്ചിരിക്കുകയാണ് കഥമാചാര്യൻ അനു കഹാന്ത വാസിഫിരിച്ചത് ഇവിടെ അന്ത്യവാസികളുടെ അഭിപ്രായം കേട്ടത് മനസ്സിലാക്കി രീതി പറയും ആചാര്യൻ പറയുന്നു ഇതാണ് വാസന ശിക്ഷൻ ഏറ്റു പറയുന്ന ആചാര്യൻ പറഞ്ഞു താൻ ധരിച്ചു എന്ന് ആചാര്യനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനല്ലേ അങ്ങ് പറഞ്ഞത് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് പക്ഷെ ഇവിടെ ആചാര്യൻ കാമത്തിന്റെ കാര്യം പറഞ്ഞില്ല ശിഷ്യന്മാരിവിടെ പറയുന്നത് എന്തുകൊണ്ട് കൃത്യ ആചാര്യ കാ ഇവിടെ പറഞ്ഞല്ലോ ഇവിടെ എന്തെല്ലാം ഉണ്ടോ എന്തെല്ലാം ഉണ്ടായി നഷ്ടപ്പെടുന്നു അതെല്ലാം എന്ന് പറയുമ്പം ഇവിടെ ഉപാസകനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമായിരിക്കുന്ന അവൻ്റെ ഇച്ഛയാണ് അതുകൊണ്ട് അതിനെക്കുറി പറയുന്നു അവൻ പലതും പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ അതിനെടുത്ത് പറയും നമ്മളെന്തൊക്കെയാണോ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അതിനുള്ളിൽ തന്നെ ഇനി അടുത്ത് പറയും എന്താണ് സ്വർഗം യാഗം ചെയ്യുന്നു സ്വർഗത്തെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു അത് ഉള്ളിൽ തന്നെയാണ് എല്ലാ ദിവസവും സ്വർഗത്തെ പ്രാപിക്കുന്നുണ്ട് എന്നും മറ്റും ഇനി പറയുന്നുണ്ട് അതുകൊണ്ട് ഉപാസനയ്ക്കും മറ്റും മുഖ്യമായിരിക്കുന്നത് പിച്ച് അഭിച്ച സർവശ്ദേനുക്തായവക്ക മഹാസർവെന്ന് പറയുമ്പോൾ അതിൽ यदा मुख्य काम का दा दा जरा वली वलिपरीतालक्षण वयोहनुर्वापनोद्रादृक् प्रध्व सद्र विनश्यतिशिष्य क्षीरधतिस्नेटनाशे എഹ് നസേ വിദേഹാശ്രയമുരം നശ്യത്തിനസേം തോ അതവതി ബ്രഹ്മപുരം എന്ന് പറഞ്ഞു ശരീരം ശരീരത്തിന് പ്രാധാന്യം കൊടുത്താണ് ആ ശരീരത്തിൽ ഹെൽപ്പ് അവിടെ ആകാശം എന്നാ പറഞ്ഞു ശരി അതൊക്കെ ഈ ശരീരമുള്ളപ്പോൾ ഉപാസനയും എല്ലാം ഈ ശരീരം പോയാലോ പിന്നെ ആരെന്തിനുപാസിക്കും എങ്ങനെ ഉപാസിക്കും ശരീരവും ശരീരത്തെ ആശ്രയിച്ചിരിക്കുന്ന പ്രതി ഒന്നും അവിടെ ഇല്ലല്ലോ ഏതാ യസ്മിൻകാല ശരീരം ബ്രഹ്മപുരാഖ്യം ്രഹ്മപുരം എന്ന് പറയുന്ന ശരീരം ജരവലി പരിതാതി ലക്ഷണ ജരയും നരയും എല്ലാം ഒന്ന് വയോഹാന വാർദ്ധക്യം അല്ലെങ്കിൽ ശസ്ത്രാദിനാവ വിക്രമ അല്ലെങ്കിൽ അല്ലെങ്കിൽ മുറിവോ ഒടിവോ ചതവോ വെട്ടോ കുത്തോ ഒക്കെ സംഭവിച്ചു ശരീരം നശിക്കുന്നു വിശ്രംസ്ഥതയും വിനുശ്ചരിക്കും ഇവിടെ ബ്രഹ്മപുരം എവിടെ ഹൃത്കുണ്ടരീകം അവിടെ പിന്നെ ആകാശമില്ല ഇതെല്ലാം ഉപാസനമില്ല എങ്ങനെ നടക്കും ഘടാശ്രിത ക്ഷീരധത്തി സ്നേഹാധിപത്കടനാശി പാത്രത്തിലിരിക്കുന്ന പാലായാലും നെയ്യായാലും തൈരായാലും എന്തായാലും പാത്രം നശിച്ചാതും പോകുന്നു പിന്നെ അത് ശേഷിക്കാൻ പറ്റുന്നില്ല ഇതാണ് ബ്രഹ്മപുരമെങ്കിൽ ഇതിന്റെ നാശത്തിൽ സർവം നശിക്കണോ അതോ ദേഹനാശി ദേഹാശ്രമ ഉത്തരോത്തരം പൂർവ്വം ാശ നശ്യതിച്ചിരിക്കുന്നത് എങ്ങനെ ഈ ബ്രഹ്മപുരമായ ദേശം നശിച്ചാൽ ഉള്ളിലിരിക്കുന്ന ഹൃദയവും നശിക്കും ഹൃദയം നശിച്ചു കഴിഞ്ഞാൽ ഹൃദയത്തെ ആശ്രിച്ചിരിക്കുന്ന അന്ധക്കണ്ണം പോയി അന്ധകണ്ണം പോയാൽ പിന്നെ അവിടെ അതിനെ ആശ്രയിച്ചിരിക്കുന്ന ആകാശം പോയി ഇങ്ങനെ പറയാമല്ലോ ഏവം പ്രാപ്തി നശിക്കും തത് ദേഹോക്തശിഷ്യത അവതിഷ്ഠ അവതിഷ്ഠത പിന്നെന്താ ശേഷിക്കുന്നത് നകുഞ്ചന ഞാൻ ചോദിക്കുന്നതിന്റെ താല്പര്യമാണ് ഉപാസനയും മറ്റുമെല്ലാം ഈ ശരീരത്തെ ആശ്രയിച്ചിട്ടല്ലേ ഉപാസനയ്ക്ക് ആലംബം ആവശ്യമാണ് പറഞ്ഞല്ലൊ സ്ഥല ഗ്രാമത്തിനും വിഷ്ണുവിനും ഉപാസിക്കുന്നു സ്ഥല ഗ്രാമത്തെ ആശ്രയിക്കുന്നു അതുപോലെ കൂടെ ഹൃദയദേശത്തെ ആശ്രയിക്കുന്നു ശരീരം നശിച്ചാൽ പിന്നെ അങ്ങനെ ഇല്ലല്ലോ അനിത്യമായി ഒന്നിനെ ആശ്രയിച്ചിട്ടുള്ള ഉപാസനം എം വന്റേവാസുവിസൂത്യോ തന്മത്തിമനയ സൂസ്യ ജരയാ എതിധേനസി ഹനത്തെ എദ സിം ബ്രഹ്മപുരം അവിൻ കാസമാഹിത യശാത്മാതപാത്മാരുവിമൃത്തുർവിശോകോ വിജിഗത്ത് സോ सत्य सत्य वेह प्रजा यम यम यम यम अभिकामा तमेव അഭിപ്രായ സത്യകാമ സത്യസങ്കൽപ്പേഹ പ്രജവിശന്മാവേത്രം തീവദേശിഭി സോദിതാചാര്യബൂ अपनय ആ ശിഷ്യന്റെ ബുദ്ധിയെ മാറ്റുന്നതിന് വേണ്ടി സമാധാനം എടുത്തു ആചാര്യൻ പറയുന്നു ആ ചോദ്യങ്ങൾക്ക് കഥം പറയുന്നു അസ്യദേവസ്യചരായം അന്തരാകാശാഖ്യം ബ്രഹ്മ യസ്വസമാ നജീര്യതി പറയുന്നു ശരിയാണ് ഈ ബ്രഹ്മപുരം എന്ന് പറയുന്ന ശരീരം നശിക്കുന്നു അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഹൃദയം നശിക്കുന്നു ആ ഹൃദയം കൊണ്ട് പരിച്ഛന്നമായ മനസ്സ് നശിക്കുന്നു ഇതെല്ലാം പറയാം പക്ഷേ ആകാശം എന്ന പേര് ആകാശോ വൈനാമ എന്ന് പറയുന്ന ബ്രഹ്മ തത്വം മസ്ജിദരയാതയ യഥോക്തം അന്തരാകാശാഖ്യം ബ്രഹ്മ ഈ ശരീരത്തിന് നാശം വന്നു എന്ന് കരുതി യസ്മിൻ സർവം സമാഹിന്ദം അതിനെ ആശ്രയിച്ചാണ് സൂര്യ അതാണ് സർവ്വവ്യാപകമായി ജഗത് അധിഷ്ഠാനമായിരിക്കുന്നത് എന്ന ജീലി അതിന് നാശമൊന്നും ഇവിടെ ഉപാസകൻ തൻ്റെ നാശത്തെ ഭയന്നിട്ട് ചോദിക്കുകയാണ് ഞാൻ ഉപാസനയൊക്കെ ചെയ്യുന്നു ഇതെല്ലാം ഇങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ ഇത് കഴിഞ്ഞാൽ എല്ലാം തകരുന്നില്ലേ പറയുന്ന ജീരതി അതിന് പയോഹാനിയും മറ്റും സംഭവിക്കുന്നില്ല അദ്ദേഹം ഒന്ന വിക്രിയത അതിന് വികാരങ്ങളൊന്നും സംഭവിക്കുന്നില്ല എന്നുവെച്ചാൽ സസ്യ അധ്യയന ശസ്ത്രാദി ഖാതീന യുദ്ധന്യത്തെ ഈ ശരീരത്തെ ആയുധം കൊണ്ട് മുറിപ്പെടുത്തിയത് കൊണ്ടോ ഈ അന്തരാകാശം നശിക്കുന്നില്ല യഥാകാശം ആകാശത്തിനെ പോലും ഈ ബാഹ്യമായിരിക്കുന്ന ആകാശത്തെ പോലും നശിപ്പിക്കാൻ കഴിയുന്നില്ല കിമ് തഥോപി സൂക്ഷ്മം പിന്നീട് അതിനേക്കാൾ സൂക്ഷ്മമായിരിക്കുന്ന അന്തരാകാശത്തിന്റെ കാര്യം പറയാനുണ്ടോ അസബ്ദം ബ്രഹ്മം അസബ്ദം എന്നെല്ലാം പറയുന്ന ഈ ബ്രഹ്മം ദേഹേന്ദ്രിയാദിദോഷേർണസ്പൃശ്യത്തെ ദോഷങ്ങളാൽ അത് സ്പർശിക്കപ്പെടുന്നില്ല കഥ ദേഹീന്ദ്രിയാദി ദോഷ്യതേ ഇത്യേതസ്മിനസരേ വക്തവ്യം പ്രാപ്തം തത് പ്രകൃതവ്യാസം പറയുന്നു ദഹീന്ദ്രിയാദി ദോഷസ്പർശ്യത എന്തുകൊണ്ട് വീണ്ടും അവിടെ ചോദിക്കുക ദേഹീന്ദ്രിയാദി ദോഷങ്ങൾ ദോഷം എന്ന് പറയുന്നത് എന്താണ് വയോഹാനി തുടങ്ങിയ ദോഷങ്ങൾ ജരാ ഇവിടെ പറഞ്ഞു വലി ഫലിത നരയും ജരയും എല്ലാ ജര ഫലിതര ഇതെല്ലാം ഇതെല്ലാം എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല ഏതസ്മിൻ അവസരം വക്തവ്യം പ്രാപ്തൂടെ പറയേണ്ടതാണ് പക്ഷെ പറയുന്നില്ല പ്രകൃതവ്യാസംഗോമാഭൂ കാരണം വ്യതിചലിച്ചു പോവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ നിന്ന് ഉപാസനയെ കുറിച്ചാണ് പറയുന്നത് ഉപാസനയിൽ ഈ സമയത്ത് എന്താണോ പറയുന്നത് അതിൽ നിന്നും മാറിപ്പോകാതിരിക്കാം വിഷയം വ്യതിചരണം സംഭവിക്കുക വ്യാസങ്ങൾ ഒന്നും മാറി മനസ്സ് വേറെ എന്തിനേക്ക് പോകുക ഏകാഗ്രത നാനാ വിഷയങ്ങളിലേക്ക് മനസ്സ് കറങ്ങിപ്പോയാൽ ശരിയാവത്തില്ല അതുകൊണ്ട് അങ്ങോട്ട് കിടക്കുന്നില്ല ഇവിടെ ഇപ്പോൾ ആവശ്യമുള്ള കാര്യം മാത്രം പറയുന്നു അർത്ഥം ഇന്ദ്രവിരോചനാഖ്യായ പരമാത്മതത്വം ദേഹേന്ദ്രിയദി ദോഷങ്ങളെ കൊണ്ട് ദുഷിക്കുന്നില്ല എന്നുള്ള കാര്യം ഇന്ദ്രവിരോചനന്റെ കഥ പറയും അവിടെ അത് യുക്തിയുക്തം വ്യക്തമാക്കും എന്നാണ് യേത സത്യോവിദ്യം ബ്രഹ്മപുരം ബ്രഹ്മപുരം ബ്രഹ്മപുരം ശരീരാഖ്യം ബ്രഹ്മപുരം ക്ഷേമസത്യം ബ്രഹ്മപുരം അസ്മ കാ കാമാഹിത പറയുന്നു എന്തസം ബ്രഹ്മപുരം ബ്രഹ്മ പുരം ബ്രഹ്മപുരം ഇവിടെ ബ്രഹ്മം തന്നെ പുരമായി ബ്രഹ്മപുരം ശരീരത്തെയും പറയാതല്ല ഇവിടെ ബ്രഹ്മത്തെ തന്നെ പറയുന്നത് സത്യമാണ് ശരീരഖ്യന്ത ബ്രഹ്മപുരം അത് വേറെയാണ് ബ്രഹ്മോപലക്ഷണാർത്ഥത്വ തത്വ ഈ ശരീരമാകുന്ന ഈ ബ്രഹ്മപുരം ബ്രഹ്മത്തെ ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശരീരം ശരീരത്തിന്റെ ഉപയോഗം അതാണ് ബ്രഹ്മബോധത്തിന് വേണ്ടിയിട്ടാണ് ബ്രഹ്മോപലക്ഷണാർത്ഥത്വ ശരീരത്തിലൂടെ ്രഹ്മത്തെ ഗ്രഹിക്കുക ആ ബ്രഹ്മസൂത്ര ചർച്ച ചെയ്തു ബ്രഹ്മം ഇത് ഈ ശരീരത്തെ പോഷിപ്പിക്കുന്നു വലുതാക്കുന്നു ശരീരത്തിൽ വികാരങ്ങളെ ഉണ്ടാക്കുന്നു അതിനെല്ലാം കാരണമായിരിക്കുന്നത് കൊണ്ട് ബ്രഹ്മം ബൃഹത്തായി ഈ ശരീരത്തെക്കാൾ ബൃഹത്തായിരിക്കുന്നു ശരീരത്തെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുള്ളത് ശരീരത്തിനേക്കാളും ബൃഹത്താണ് അതാണ് ബ്രഹ്മം ഈ ശരീരം ബ്രഹ്മത്തെ ബോധിക്കാനുള്ളതാണ് ശരീര സ്വയം ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നതാണ് ബ്രഹ്മോപലക്ഷണ തത്വ അനൃതം ഇത് അനുദമാണെങ്കിലും അതിന് പ്രയോജനമുണ്ട് സാമൂഹിക എന്താണ് ഈ സത്യത്തിൻ്റെ ഈ അനദം അതിന്റെ ആവശ്യം എന്താണ് സത്യം മാത്രം മതിയായിരുന്നല്ലോ പറയുന്നു എന്തായാലും അന്നത സംഭവിച്ചു അന്നദത്തിന്റെ പ്രയോജനം എന്താണ് സത്യത്തെ ബോധിക്കുക അനർത്ഥത്തിലൂടെ സത്യത്തെ ബോധിക്കാൻ കഴിയത്തുള്ളു സത്യം മാത്രമാണെങ്കിൽ പിന്നെ സത്യത്തെ ബോധിക്കാൻ ആരുടെ ആവശ്യം രണ്ടാമതൊന്നുമില്ല ബോധിക്കുന്നവനും ബോധ്യപ്പെടുന്നതും അങ്ങനെയില്ല ഇവിടെ അങ്ങനെയല്ല സത്യമുണ്ട് അനർത്ഥമുണ്ട് അപ്പം പിന്നെ അനർഥത്തിനെന്താ സത്യത്തെ ബോധിക്കുക വാചാരംഭണം വികാരവും നാമധേയം വിധി ശ്രുദ്ധേ അന്നദം തന്നെയാണ് ഈ ശരീരം തുടങ്ങിയതുകൊണ്ട് ശ്രുതി പറഞ്ഞിരിക്കുന്നു വാചാരംഭം നാമദേവി അനുദേവി ദേവസുഖപലഭ്യത പറയുന്ന ശരീരം പൃഥ്വി തേജസ് എന്ന് പറഞ്ഞു സൃഷ്ടി അതിന്റെ കാര്യമാണ് ദേഹസിംഗം ദേഹമാകുന്ന കാര്യമാണ് അത് അനുദമാണ് ൂതവികാരമാണ് ആണെങ്കിലും ഇവിടെ ബ്രഹ്മ ഉപലഭ്യതയെ ഈ ശരീരത്തിലിരുന്നു കൊണ്ടാണ് ബ്രഹ്മത്തെ ഉപലബ്ധമാക്കേണ്ടത് ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ടെന്ന് പറഞ്ഞാൽ ജാഗ്രതയിലിരുന്നു നടത്തും കാരണം ജാഗ്രതയിലേ ഉള്ളൂ ഈ ശരീരം സ്വപ്ന സൃഷ്ടികളിൽ ഈ ശരീരമില്ല ഇവിടെ ശരീരം എന്ന് പറയുന്ന നടത്തുന്ന ജാഗ്രത നടക്കണം ബ്രഹ്മ ഉപലഭ്യത ബ്രഹ്മപുരം വിദ്യുക്തം വ്യവഹാരികം അതുകൊണ്ടുതന്നെ ശരീരത്തിൻ്റെ പ്രാധാന്യം പറയുന്നു ബ്രഹ്മോപലബ്ധിക്ക് ശരീരം കൂടി തീരൂ സത്യന്ത ബ്രഹ്മപുരം വേദദേവ ബ്രഹ്മ ഇനി ഇത് അസത്യമായ ബ്രഹ്മപുരം സത്യമായ ബ്രഹ്മപുരം അത് ബ്രഹ്മം തന്നെ അതുകൊണ്ട് തന്നെ ശബ്ദത്തിൽ തൂങ്ങി വാദിച്ചിട്ട് കാര്യമില്ല ബ്രഹ്മപുരം നിത്യമാണോ അനിത്യമാണോ എന്നൊന്ന് ചോദിക്കുന്നു ബ്രഹ്മപുരം എന്ന് പറയുന്നത് ശരീരത്തേ എടുക്കുന്നെങ്കിൽ ശബ്ദം എവിടെയും പ്രയോഗിക്കാം സർവശബ്ദം സർവബോധകം എന്നൊരു ന്യായമുണ്ട് എല്ലാ ശബ്ദവും എല്ലാത്തിനെയും ബോധിപ്പിക്കുന്നു എവിടെയും ഏത് ശബ്ദവും പ്രയോഗിക്കും ആണെങ്കിൽ ഈ ബ്രഹ്മപുരം എന്ന് പറയുന്ന ശരീരം ബ്രഹ്മപുരം എന്ന് പറയുന്ന ആത്മാവ് രണ്ടിനെയും എടുക്കാം ബ്രഹ്മത്തെയും പറയാം ഒന്ന് സത്യം മറ്റൊന്ന് അസത്യം സർവവ്യവഹാരാസ്പോ ആ ബ്രഹ്മപുരം അത് സർവവ്യവഹാരത്തിനും ആസ്പദമാണ് അസ്മിൻ പുണ്ഡരീകോപലിക്ഷ്യതേ ബ്രഹ്മുരേ സർവേകമായ ഭഗവത്ഭീ പ്രാർത്ഥ്യതാത്മനി സമാഹിത എന്തിനാ ഈ യാഗങ്ങളും എന്തിനാ ഒരുപാട് കാമനകൾ ഓരോ നേടാൻ വേണ്ടിയിട്ടല്ലേ പലതും ആഗ്രഹിക്കുന്നത് ജീവൻ അങ്ങനെ ആഗ്രഹിക്കേണ്ട കാര്യം ഇല്ലെന്നാണ് പറയുന്നത് എന്തുകൊണ്ട് അത് അസ്മിൻ പുണ്ഡര്യ ഗൂപലക്ഷ്യത ബ്രഹ്മപുരേ പുണ്ടരീ കത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് നേരത്തെ പറഞ്ഞ ബ്രഹ്മപുരം ബ്രഹ്മസ്വരൂപം അവിടെ സർവേകമായ ബഹിർഭഗവദ് പ്രാർത്ഥിതയത്തെ അസ്മിന്യവസ്വാത്മന സമാ തുടങ്ങി കർമ്മങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടി എന്തെല്ലാം ആഗ്രഹിച്ചുകൊണ്ടാണ് എന്തെല്ലാം ഇച്ഛ സർവവും ചെയ്യുന്നത് ആ കാമങ്ങൾ ബഹിർഭവത് പ്രാർത്ഥതയായി അതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നു എനിക്കിന്നെ ഇന്ന എല്ലാം ചെയ്യണം കർമ്മം ചെയ്യണം കർമ്മത്തിന് ശേഷം സ്വർഗ്ഗത്തിൽ പോകണം ഉപാസന ചെയ്യണം അത് ദേവലോകത്തിൽ പോകണം വൈകുണ്ഠത്തിൽ പോകണം കൈലാസത്തിൽ പോകണം ഇങ്ങനെ പലതും ആഗ്രഹിക്കുന്നുണ്ട് ഈ ശരീരത്തിൽ ഇരുന്നുണ്ട് ഉപാസനങ്ങൾ അനുഷ്ഠിച്ച് ഫലങ്ങളെ ആഗ്രഹിക്കുന്നു തേ അസ്മിൻസമാ പറയുന്നു അതന്നെ ഈ ഹൃദയാകാശത്തെ തന്നെ ഇരിക്കണം ഇനി ഈ ശരീരത്തെ ഉപേക്ഷിച്ച് എന്തെങ്കിലും ഉപാസനം ചെയ്ത് പോയി പ്രാപിക്കേണ്ടതല്ലവാത്മനിസമാഹിത അത് ഈ ഹൃദയാകാശത്തിൽ തന്നെ ഉണ്ട് അതിനുവേണ്ടി ഇനി ഒന്നും ചെയ്തൊന്നും നേടേണ്ട കാര്യമില്ല അന്നും പറഞ്ഞല്ലോ ൃഥീലോകം പൃഥി ലോകം ഇതെല്ലാം ഈ ഹൃദയാകാശത്തിലാണ് ഇരിക്കുന്നത് ഹൃദയാകാശമാണ് സർവാധാരമായിരിക്കുന്നത് ഹൃദയ ഹൃദയാകാശത്തെ ആശ്രയിച്ചതെല്ലാം സ്ഥിതി ചെയ്യുന്നു അതുകൊണ്ട് എന്തെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നു അതെല്ലാം ഈ ഹൃദയാകാശത്തിനുണ്ടെന്ന് പറഞ്ഞാൽ എന്താ ഈ ആത്മാവിലുണ്ട് പരമാത്മാവിനെ ആശ്രയിച്ചിരിക്കുന്നു അപ്പൊ സർവ്വകമങ്ങളെയും പരമാത്മാവിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ പരമാത്മാവിനെ നിൽക്കുകയാണെങ്കിൽ പിന്നെ എന്തിനും കാമിക്കണം കാമനയാൽ പ്രേരിതമായി എന്ത് ചെയ്യണം എന്നിന്റെ ആവശ്യം എന്താ പറയുക അതെ തത്പ്രാപ്തി അനുധിഷ്ഠത അതുകൊണ്ട് ആ ഹൃദയസ്ഥിതനായ പരമാത്മപ്രാപ്തി എന്നുള്ള ഉപായമാണ് ചെയ്യേണ്ടത് മറ്റുപായങ്ങളൊന്നുമല്ല ബാഹ്യ വിഷയ കൃഷ്ണാൻ തൃജത ബാഹ്യ വിഷയതൃഷ്ണങ്ങളെ ത്യജിക്കുക കാരണം ഇവിടെ യാഗം ചെയ്തിട്ട് മരിച്ചതിന് ശേഷം വേറെ ലോകത്ത് പോയി സ്വർഗത്തെ അനുഭവിക്കാം ആ തരത്തിലുള്ള ആഗ്രഹങ്ങളെന്നെ അപേക്ഷിക്കും അത് ബാഹ്യ വിഷയദൃഷ്ണൻ എന്തുകൊണ്ട് വിഷയം വാസ്തവത്തിൽ ആന്തരികമാണ് അവിടെ തന്നെ സർവകാമങ്ങളുണ്ട് അവിടെ സർവ്വസുഖങ്ങളുണ്ട് നിത്യപ്രാപ്തമാണ് വിഷാത്മാ ഭഗതാം സ്വരൂപം അങ്ങനെ നിത്യപ്രാപ്തമായിരിക്കുന്ന ആത്മാവാണ് നിങ്ങളുടെ സ്വരൂപം എന്ന് ആചാര്യൻ അന്തേവാസികളോട് പറയുന്നു അവിടെയാണ് സർവ്വകാമങ്ങളും അന്തർഭവിച്ചിരിക്കുന്നത് അല്ലാതിൻ്റെ പ്രാപ്തി അതിനുവേണ്ടി ഉപാസിക്കുക അല്ലെങ്കിൽ അതിനെ സ്വസ്വരൂപമായി ഉപാസിക്കുക യേശാത്മാവതാ സ്വരൂപം എന്ന് പറയുമ്പോൾ അതിനെ സ്വരൂപമായി ആത്മാവിനെ അതും ജാഗ്രത ജാഗ്രതയുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കും സുണുതലക്ഷണം എന്താണ് ഈ ആന്തരികമായിരിക്കുന്ന ആകാശത്തിൻ്റെ പരമാത്മാവിന്റെ പരബ്രഹ്മത്തിന്റെ ലക്ഷണം എന്താണ് അത് പറയുന്നു അപകത്ത പാത്മാത്മാ അപഹത്തപാത്മാ വിചരോ വിമൃക്തർ വിശോകോ സത്യകാമസ്യ സങ്കല്പവും ഇത് ഭാഷകാരൻ പല ഭാഗത്തും ഉദ്ധരിക്കുന്നതാണ് സുന്ദസ്യ ലക്ഷണം ആത്മലക്ഷണം പറയുകയാണ് ലക്ഷണം തോന്നുന്നത് അതിനെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഇടയാണോ എന്താണ് അപകത്ത പാത്മ പാപരഹിതമായതാണ് അപകട പാപ് സ്വയം അപകത്ത പാപ പാപ പുണ്യങ്ങളെല്ലാം ഏതൊരു പരമാത്മ സ്വരൂപത്തിൽ നിന്നാണോ നിവർത്തിച്ചിരിക്കുന്നതാണ് അപകത്ത പാത്മ ഏതൊരു ഹൃദയാകാശത്തിൽ നിന്നാണോ പാപപുണ്യങ്ങളെല്ലാം ില്ലാതായിരുന്നു കാരണം തത്വജ്ഞാനത്തെ സംബന്ധിച്ചാൽ ശരി ഉപാസനയെ സംബന്ധിച്ചാൽ ശരി രണ്ടിനും തത്വത്വം നിർദ്ദേശിക്കുന്ന ഒരുപോലെ അവിടെ തത്വത്വം നിർദ്ദേശിക്കുന്നത് ഉപാസന ചെയ്യുന്നതാണ് വാസ്തവത്തിൽ ആ ഫലത്തെ ആഗ്രഹിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് ർമാധർമ്മങ്ങളെ ആഗ്രഹിച്ചുകൊണ്ടാണ് ചെയ്ത് പുണ്യപാപങ്ങളെ ആഗ്രഹിച്ചു പാപത്തെ ആഗ്രഹിക്കുന്നിട്ട് പാപത്തെ ഒഴിവാക്കാൻ ആഗ്രഹിച്ചുകൊണ്ടും പുണ്യത്തെ നേടാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് അങ്ങനെ ധർമാധർമാക്കി ഉപാസന ചെയ്തു അപ്പം ഉപാസനാഗ്രഹിക്കുന്നു ഞാനും പുണ്യം ചെയ്തു ഉപാസന നേടും അതായത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഉപാസനയിലൂടെ പുണ്യത്തെ വർദ്ധിപ്പിക്കുക പുണ്യത്തിലൂടെ ഉപാസന ദൃഢമാക്കും ഇതിങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ് അപ്പം ഇതിനുവേണ്ടി ഉപാസകൻ ശ്രമിക്കുന്നു ഉപാസനയുടെ ഫലമായിട്ട് പുണ്യ വൃദ്ധി പുണ്യവൃദ്ധിയുണ്ട് ഉപാസനയിൽ പക്ഷെ ഇവിടെ പറയുന്നു എന്താണ് ഏതൊരു ഹൃദയാകാശത്തെയാണോ ഉപാസിക്കുന്നത് അവിടെ പുണ്യ അപുണ്യങ്ങൾക്ക് സ്ഥാനമില്ല അപഹത പാത്മ പിന്നെ എവിടെയാ പുണ്യത്തെ സമ്പാദിക്കേണ്ടത് അത് സ്വയം ഫലസ്വരൂപമാണ് അതുകൊണ്ട് പിന്നെ എന്ത് ഫലമാണ് അവിടെ നേടേണ്ടത് അതൊന്നുമില്ല അതിന്റെ സ്വരൂപത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് അപഹത പാത്മ ഇത് കണ്ടിനുപകരിക്കുന്ന ഉപാസനയ്ക്കും തത്വനിഷ്ഠയ്ക്കും തത്വജ്ഞാനത്തിനും ഉപകരിക്കും യഥാവിജ്വരോ വിഗതജ്വരോ വിമുർത്തിശ് അവിടെ ജ്വരാതി ജരാദികളില്ല വിമുർത്തിച്ച രോഗങ്ങളില്ല മരണമില്ല അങ്ങനെയുള്ള യാതൊന്നും വികാരങ്ങളൊന്നും അവിടെ ഇല്ല അപഹത്ത പാത്മാവായിരിക്കുന്നു പാപരഹിതമായിരിക്കുന്നു പുണ്യാപുണ്യങ്ങളില്ലാതെ ഇരിക്കുന്നു പിന്നെ അവിടെ അതിനുവേണ്ടി എവിടെയായി പുണ്യത്തെ സഞ്ചരിക്കുന്നു ഉപാസന ഉപാസനയിലൂടെ പുണ്യത്തെ നേടുന്നെവിടെ താൻ സ്വയം ആ അപഹത പത്മാവാണ് പവപുണ്യരഹിതനാണ് അവനെ തനിൽ എവിടെയാ പുണ്യം സഞ്ചരിക്കുന്നത് തദുക്തം പുറമേവ നവധേ നസിഹന്യതയെ പറയുന്നു വധം കൊണ്ട് നശിക്കുന്നില്ല എന്ന് മറ്റും പറഞ്ഞു കിമർ തമ്മിലൊരിച്ചത് യദ്യപി ദേഹസംബന്ധിഭ്യാം ജരാമൃത്തി സമ്പദ്തേ അന്യഥാപി സംബന്ധ്യാദിത്യാശങ്ക നിർത്തിയു എന്തുകൊണ്ടാണ് വീണ്ടും ആവർത്തിക്കുന്ന കാരണം ഉപാസകൻ പറയുന്നത് ശരിയാണ് ഈ ദേഹസംബന്ധിയായിട്ടുള്ള ജരാമൃത്തിക്കണുമായിട്ട് എനിക്ക് ബന്ധമില്ല ഞാൻ പരമാത്മ സ്വരൂപമാണ് ആകാശസ്വരൂപമാണ് ഹൃദയാകാശമാണ് പക്ഷേ അന്യഥാപി സംബന്ധത്താഭ്യാം മറ്റേതെങ്കിലും തരത്തിൽ അതിനോട് ബന്ധം ഉണ്ടാകാമോ ആശയെ നിഷേധിക്കാൻ വേണ്ടിയാണ് ആശങ്ക എന്ന് പ്രത്യേകം സംബന്ധത്താഭ്യാമം ഇശോകോ വിഗത ഞാൻ ദുഃഖിക്കുന്നു എന്ന് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും സ്വസ്വരൂപത്തില ദുഃഖമില്ല അശോകോ നാം ഇഷ്ടാദ്വിയോഗ നിമിത്തവും മാനസസന്താപ പ്രിയപ്പെട്ടതകന്നുപോകുമ്പോൾ വരുന്ന മനസ്സിന്റെ പ്രയാസം അതാണ് ശോകം ജിഗത്സ എന്ന് പറയുന്നത് ആഹാരം കഴിക്കുന്നതിനുള്ള ആഗ്രഹം വെള്ളം കുടിക്കുന്നതിനുള്ള ആഗ്രഹം എല്ലാം പൊതുവേ പറയാറ് വിശപ്പെന്ന് പറയൂ ദാഹത്തിനും വിശപ്പിനും ഒക്കെ ചേർത്ത് എടുത്താൽ വിശപ്പെന്ന് പറയും അതുപോലെ ആ പിപ്പാസ പിപ്പാസന്ന് വെച്ചാൽ ദാഹിച്ചു അപിപ്പാസ അതൊന്നുമില്ല ഉപ്പാസനാഗ്രഹിക്കുന്ന എന്താണോ ഉപാസനയിലൂടെ ഈ അവസ്ഥയെക്കണം പിന്നെ വിശപ്പ് വരാൻ പാടില്ല ദാഹം വരാൻ പാടില്ല തപസ് ചെയ്യുന്നതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സിദ്ധികൾ നേടാൻ വേണ്ടിയിട്ടാണ് വിശപ്പ് ദാഹം ഉപാസന അതിനു വേണ്ടി തന്നെയാണ് വിശപ്പും ദാഹമൊന്നും അനുഭവപ്പെടരുത് അങ്ങനെ ആയിരിക്കും ജലാരോഗങ്ങളൊന്നും ബാധിക്കുന്നു നിത്യമായിരിക്കണം പലതരത്തിലുള്ള ഉപാസന സമ്പ്രദായങ്ങളും അഭ്യാസങ്ങളും എല്ലാം ഇത്തരം ഫലങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞ എല്ലാം ചിലർ ആഗ്രഹിക്കുന്നു ജനീ രോഗമൊന്നും വരരുത് അതിനുവേണ്ടി വാസി ജീവിക്കുന്നതിനാണ് അസുഖം വരാതിരിക്കുന്നത് ശരീരത്തിന് തകരാറൊന്നും വരരുത് ആരോഗ്യത്തോടു കൂടിയിരിക്കുന്നു രോഗങ്ങളൊന്നും പിടികെടരുത് ഇതൊക്കെ സാധാരണ ഉപാസകർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് എല്ലാ ഉപാസനയ്ക്കും ഫലം ചെയ്യുന്നു വാർദ്ധക്യം വരരുത് രോഗം വരരുത് ദുഃഖമേ ഉണ്ടാകരുത് വിശോകം ഒന്നും നഷ്ടപ്പെടരുത് നഷ്ടപ്പെട്ടാലും സന്താപം വരരുത് വിശപ്പന്താഹവും ഉണ്ടാവരുത് ഇതാണ് ഉപാസകൻ ആഗ്രഹിക്കുന്നത് പക്ഷെ ഇവിടെ ശ്രുതി പറയുന്ന തത്വം എന്താണ് ഇതൊന്നും ഇല്ലല്ലോ ഇത് വരാതിരിക്കാൻ രോഗം മാറാൻ വേണ്ടിയിട്ട് സഹസ്രനാമം ജപിക്കേണ്ട കാര്യമില്ല രോഗമില്ല അകാല വാർദ്ധക്യം പ്രാപിച്ചിരിക്കുന്നു നേരത്തെ വാർദ്ധകൃം കടന്നു കൊണ്ടു ജലയും നരിയും ഒക്കെ പ്രതീക്ഷിക്കും ഇത് പോകാൻ വേണ്ടിയിട്ട് സഹസ്രനാമം ജവിക്കുന്നവരുണ്ടാവശ്യം ഇതൊന്നുമില്ല ഇവിടെ ശോകം മാറാൻ വേണ്ടിയിട്ട് ജപിക്കുന്നു പറയുന്നു അവിടെ ശോകമില്ല ഇവിടെന്നാണ് മാറുന്നത് എന്നിൽ നിന്ന് മാറണം നീ ആരാണ് പറയുന്നു നീ ആകാശവും പോയി നാമാ ആകാശമാണ് അവിടെ പിന്നെ ഇതില്ലോ ശോകമില്ലല്ലോ പിന്നെ ശോകം മാറ്റാൻ എന്തിനാ ഉപാസനം എന്ന് ധരിക്കുന്നവന് ജരാമരണങ്ങൾ എന്നിലുണ്ട് രോഗമുണ്ട് എന്നൊക്കെ ധരിക്കുന്നവന് ആണ് ഉപാസന അതിന്റെ ആവശ്യമില്ല തത്വത്തിനതിന്റെ ആവശ്യമില്ല എന്തുകൊണ്ട് ഒന്നും മാറ്റാൻ വേണ്ടിയും ഒരുപാസനം ചെയ്യേണ്ട കാര്യമില്ല കാരണം തന്നിലതൊന്നുമില്ല തന്റെ സ്വരൂപത്തിൽ അതിന്റെ താൻ അതാണ് മറ്റൊന്നുമല്ല താനീ ശരീരത്തോടും ഇന്ദ്രിയങ്ങളോടും ഒക്കെ താതമ്യപ്പെട്ട് ജരാമരണങ്ങൾ വരുന്നത് ശോകം വരുന്നത് രോഗം വരുന്നത് ഒന്നുമില്ല ഇതിവിടെ താതമ്യപ്പെട്ടില്ലെങ്കിലോ അങ്ങനെയുണ്ടോ ഉണ്ട് എന്നടുത്ത് കുറേ പക്ഷെ ഉപാസകൻ അതാണ് പറയുന്നത് ഉപാസകൻ തത്വജ്ഞനല്ല എന്നാൽ ഉപാസകനെ അത് ബോധിപ്പിക്കുകയാണ് വാസ്തവത്തിൽ ശോക നിവൃത്തിക്ക് വേണ്ടി നീ ഉപാസിക്കുന്നു പക്ഷെ നീ നിത്യനിവൃത്ത സ്വരൂപനാണ് നിത്യനിവൃത്ത സ്വരൂപനുണ്ടോ എന്ത് നിവർത്തിക്കാനോ ഉപാസനീ നുഭവമുണ്ട് ശോകത്തിന്റെ അനുഭവം ഉണ്ട് ജരാമരണങ്ങളുടെ അനുഭവമുണ്ട് ആ അനുഭവം പരമാർത്ഥമല്ലോ ശ്രുതി പറയുന്നത് പരമാർത്ഥത്തെ ബോധിക്കുക അല്ല ഇതൊന്നും വേണ്ട എനിക്ക് ആനന്ദത്തെ പ്രാപിക്കണം ആനന്ദത്തെ പ്രാപിക്കാൻ വേണ്ടി വാസിക്കണം എന്തിനു ആനന്ദ സ്വരൂപനാണ് എന്നെന്തിനു ആനന്ദത്തെ പ്രാപിക്കാൻ വേണ്ടി ഉപാസിക്കുന്നത് ആനന്ദം നിലനിന്ന് അന്യമാണെങ്കിൽ ശരി അതിനെ പ്രാപിക്കാൻ വേണ്ടി ഉപാസ്യർ നിമിത്തമായ ആനന്ദ സ്വരൂപമാണ് നീ എങ്കിൽ ആനന്ദത്തിനു വേണ്ടി എന്തിനു നിമിത്തങ്ങളെ ആശ്രയിക്കുന്നു അതാണ് തത്വബോധം ആ തത്വത്തെ ഇവിടെ ബോധിപ്പിക്കുക അഭിപാസോ തപസയും വർഷങ്ങളോ കഠിനമായ തപസയുംപാസാദികൾ നിവർത്തിക്കുന്നതിന് വേണ്ടി യോഗശാസ്ത്രങ്ങൾ പറഞ്ഞിരിക്കുന്ന സ്ഥിതി സംയമം അനുഷ്ഠിക്കും അങ്ങനെ ദീർഘകാലം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ പിന്നെ വിശപ്പ് ഇതാകൊന്നും ഉണ്ടാകത്തില്ല അതിന്റെ ശല്യം ഉണ്ടാകത്തില്ല പക്ഷെ എല്ലാ പ്രഭുവിനും എന്തുകൊണ്ട് എന്ന് പറയുന്നത് ദേഹാഭിമാനി യോഗി സ്യാദ്ദേഹാഭിമാനമുള്ളവനാണ് യോഗിയാകുന്നത് കാരണം യോഗി ഇതൊക്കെയാണ് ആഗ്രഹിക്കുന്നത് ഇതൊക്കെ ഇതെല്ലാം ശരീര സംബന്ധിയാണല്ലെങ്കിൽ മനസ്സംബന്ധിയാണോ ഇതൊന്നും നിന്നിലില്ല ഇതെല്ലാം മാറ്റാൻ വേണ്ടി ദീർഘകാലം തപസ് ചെയ്ത് വിശപ്പിനെ മാറ്റുന്ന എന്തിനും വിശപ്പില്ലല്ലോ ദാഹത്തെ എന്തിനു മാറ്റണം അത് ദാഹം തന്റെ തന്റെ സ്വരൂപത്തിൽ ഇതൊന്നുമില്ല ഇതാണ് തത്വബോധവും അഭ്യാസങ്ങളും തമ്മിലുള്ള വ്യത്യാസം അഭിഭാസവും അപ്പാന അപ്പാനും അപഹത പാദ്മത്വന ജരാധി ശോകാന്ത പ്രതിഷിദ്ധായവ ഭവന്തി ഇവിടെ എന്താണ് ഉപാസകനോട് ഇതെല്ലാം നിഷേധിക്കുക ഇതാണ് തത്വം ആ തത്വത്തെ ബോധിച്ചിട്ട് ഉപാസകന് സന്തോഷം വരുന്നില്ല ഇതൊന്നും എന്റെ അനുഭവത്തിൽ വരുന്നില്ല അതുകൊണ്ടൊന്നും എന്റെ മനസ്സിന് വിശ്രാന്തി ലഭിക്കുന്നില്ല ഈ തത്വം കേട്ടിട്ടു എന്നുവെച്ചാൽ ഞാൻ ശോകത്തെ അനുഭവിക്കുന്നു ജലാഭരണങ്ങളെ അനുഭവിക്കുന്നു മൃത്യുവിനെ അനുഭവിക്കുന്നു അപ്പോൾ എനിക്കിതിനെ എല്ലാം മാറ്റണം അതിനുവേണ്ടി എനിക്ക് ഉപാസന ചെയ്യണം അത് മാറ്റണം അതിനു ഇതെല്ലാം നിഷേധിച്ചിട്ടുണ്ടെങ്കിലും ഉപാസന വേണം ഇതൊക്കെ ക്ഷുദ്രമായ സാംസ്കമായ കാര്യങ്ങളാണ് ഭാവാഭാവങ്ങൾ സംസാര അന്തർവർത്തിയാണ് അല്ലാതെ സംസാരത്തിന് പേര് അല്ലേ എന്നുവെച്ചാൽ ബശപ്പുണ്ട് അത് മാറുന്നതിന് ലൗകികോപായം ഭക്ഷണം കഴിച്ചാൽ മതി ക്ഷു അതിന്റെ അഭാവം അതിൻ്റെ നിവൃത്തി ഭക്ഷണത്തിൽ ഒരു പക്ഷെ ഒത്ത് അതിന്റെ അഭാവം ഭാവോ അഭാവവും പിപ്പാസഭാവം പിന്നെ ഇത് രണ്ട് സംസാര അന്തർവർത്തിയാണ് എന്തുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് ജലം കുടിച്ചാൽ ദാഹം മാറുന്നു സംസാര കാര്യങ്ങളാണ് ഇതിനുവേണ്ടി എന്താ സംസാര കാര്യങ്ങൾക്ക് വേണ്ടി ആനന്ദം സംസാര അന്തർവർത്തിയാണ് എന്തുകൊണ്ട് ഉപായങ്ങളിലൂടെ ആനന്ദത്തെ നേടുന്നു ഇനി ഉപായങ്ങളില്ലാതെ വരുമ്പോൾ അല്ലെങ്കിൽ വിഘ്നങ്ങൾ കൊണ്ട് ഏതെങ്കിലും വഴിക്ക് ആനന്ദം നശിക്കുന്നു ഭാവ ഭാവൻ സംസാര അന്തർവർത്തിയാണ് ഇതിനുവേണ്ടി എന്തിനാ തപസ് ചെയ്യുന്നത് സാംസാരികമായ കാര്യത്തിന് വേണ്ടി അതുപോലെ രോഗം രോഗം നിവൃത്തി രോഗം സ്വസ്ഥത സ്വാസ്ഥ്യം ഇതിനു വേണ്ടി ഉപാസനയുടെ ആവശ്യമുണ്ട് ഇതിന് ലൗകികമായ ഉപായങ്ങളൊക്കെ തന്നെ ഉണ്ടോ വിശപ്പുവന്നാൽ ഭക്ഷണം കഴിക്കുക ദാഹിച്ച വെള്ളം കുടിക്കുക രോഗം വന്നാൽ ചികിത്സിക്കുക ലൗകിക ഉപായങ്ങളുണ്ട് ഇതിന് വേണ്ടിയിട്ട് അതിന് ഉപാസനയുടെ ആവശ്യമുണ്ട് ഉപാസന കൊണ്ട് നേടിയാൽ എന്താ വിശേഷം ലൗകികമായ ഉപായങ്ങളിൽ നിന്നും നേട് നീക്കൂടു എന്തെങ്കിലും ഉണ്ടോ നല്ല വിശപ്പുണ്ടായിരുന്നു ഭക്ഷണം കഴിച്ച് വിശപ്പ് മാറി നിവൃത്തി ഇത് തപസീത് നേടിയാലും ഭക്ഷണം കഴിച്ച് നേടിയാലും ഒരുപോലെ എന്താ വ്യത്യാസം എന്തുകൊണ്ട് ഇത് രണ്ടും സംസാര അന്തർവൃത്തിയാണ് അപ്പോ ഇത്തരം ഫലങ്ങൾക്ക് വേണ്ടിട്ടുള്ള ഉപാസന അതങ്ങനെ ശാശ്വതമാകും അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നു അപഹത പദ്മത്വന ജരാദേശാന്ത പ്രതിഷിദ്ധായ വിഭവം ഇവിടെ എല്ലാത്തിനും നിഷേധിക്കണം ഇതിനൊന്നും വേണ്ടി ഉപാസകരുടെ ആവശ്യമില്ല ഇതൊന്നും ഉപാസകന്റെ സ്വരൂപത്തിൽ ഇല്ല ഉപാസകനൻ ഇതെല്ലാം നിത്യ നിവൃത്തമാണ് ഇതിന്റെ നിവൃത്തിക്ക് വേണ്ടി പരിശ്രമിക്കേണ്ട കാര്യമില്ല ദുഃഖ നിവൃത്തിക്ക് വേണ്ടി പരിശ്രമിക്കേണ്ട നിത്യ നിവൃത്തമാണ് ആനന്ദപ്രാപ്തിക്ക് വേണ്ടി പരിശ്രമിക്കേണ്ടതാണ് നിത്യപ്രാപ്തമാണ് ആനന്ദം കാരണം ഇവിടെ ഇതിനെന്തിനാണ് കാരണമെന്ന് പറയുന്നത് അജ്ഞാനത്തെ കാരണമെന്ന് പറയുമോ അത് നിഷേധിക്കുന്നു ഇനി ഇതിനെല്ലാം കാരണം ഈ ജന്മമാണെന്ന് പറയുമോ അതിന് നിഷേധിക്കുന്നു ഇതിനുള്ള കാരണം ഈ ശരീരമാണെന്ന് പറയുകയാണെങ്കിൽ അതിനെ നിഷേധിക്കുന്നു മനസ്സാണ് കാരണമെങ്കിൽ അവനെ നിഷേധിക്കുന്നു നിഷേധിക്കുന്നു പിന്നെ ഇതിനൊക്കെ വേണ്ടിയിട്ട് സംസാരാന്തർഗതമായ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് എന്താ ഉപാസനം ധർമാധർമ്മകാര്യായി ഇതെന്നെ ധർമാധർമ്മ കാര്യങ്ങളാണ് പാപ പുണ്യ കാര്യങ്ങളാണ് ഇവിടെ നേടുന്നതും നഷ്ടപ്പെടുന്നതല്ല ജരാതി പ്രതിഷേധേനവധർമാധർമ്മയോഗോ മൂലകാരണം ധർമാധർമ്മങ്ങളെന്ന് പറയാം പുണ്യപാപങ്ങൾ പുണ്യപാപങ്ങളെ കൊണ്ട് ജന്മം ശരീരം സ്വതുക്കാനുഭവം സ്വർഗനരകങ്ങളല്ല ജരാതി പ്രതിഷേധീനവധർമാധർമ്മയോഹു ജരാതികളെ നിഷേധിച്ചാൽ ധർമാധർമ്മങ്ങളെയും നിഷേധിച്ചു എങ്ങനെ കാര്യാഭാവി വിദ്യാനുരപ്പി അത്തത്സമത്വം ഇതേ കൃഷ്ണോ അടുത്ത കാര്യത്തെ നിഷേധിച്ചാലും കാരണത്തെ നിഷേധിച്ചതിന് സമമായി കാരണം അത് കാര്യമാകാതിരിക്കുന്നിടത്തോളം കാലം പിന്നെ അവന് നിഷേധിക്കേണ്ട ആവശ്യം വരത്തില്ല ധർമാധർമ്മങ്ങളുടെ കാര്യമാണ് ശരീരം ശരീരത്തെ നിഷേധിച്ചാൽ ധർമാധർമ്മങ്ങളെയും നിഷേധിച്ചതിന് സമമായി ധർമാധർമ്മങ്ങൾ സംസാരത്തെ സൃഷ്ടിക്കുന്നത് കാര്യത്തെ സൃഷ്ടിച്ചുകൊണ്ടാണ് കാര്യത്തെ നിഷേധിച്ചാൽ പിന്നെ കാരണം ഉണ്ടായിരുന്നാലും ദോഷമുണ്ട് കാര്യഭാവ വിദ്യമാനയോരൊക്കെ അസ്വസ്ഥത്വം അതൊക്കെ ഉണ്ടായിരുന്നാലും അത് ഇല്ലാത്തതിന് സമമാണ് പ്രക്ഷേത അതുകൊണ്ട് അതിനെ നിഷേധിക്കേണ്ട കാര്യമില്ല ഇവിടെ പറയാൻ കാരണം എന്താ വിമർത്തോ വിജിഗത്സോ സത്യകാമെ പ്രത്യേകിച്ച് നിഷേധിച്ചിട്ട് സത്യം തഥാപി ധർമ്മകാര്യ ആനന്ദം വ്യതിരകേണ സ്വാഭാവിക ആനന്ദോ യഥാ ഈശ്വര്യേ വിജ്ഞാനമാനന്ദം ബ്രഹ്മേ ൃതദേഹി ഇവിടെ പറയുന്ന രണ്ടു തരത്തിലുള്ള ആനന്ദം കുറിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന ആനന്ദം നമ്മൾ പ്രാപിക്കുന്ന ആനന്ദം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്ന ആനന്ദം അതെന്താണ് ധർമ്മകാര്യമാണ് പുണ്യകാര്യമാണ് മറിച്ചെന്നുണ്ടെന്താണ് സ്വാഭാവിക ആനന്ദോ യഥൈശ്വര് ഇനി സ്വാഭാവികാനന്ദമുണ്ട് വിജ്ഞാനം ആനന്ദം ബ്രഹ്മേശ്വൃദേഹി അതുകൊണ്ടിവിടെ പുണ്യപാപങ്ങളെ പുണ്യഫലമായ ആനന്ദത്തെ എല്ലാം നിഷേധിക്കും ഏത് ആനന്ദത്തെ നേടിയാതെങ്കിലും അത് പുണ്യഫലമായിരിക്കും എന്ത് സമാധീനം നേടിയാലും ശരി പുണ്യ ആധിക്കും കൊണ്ട് ആനന്ദമുണ്ടാകുന്നു എന്നാണ് യോഗശാസ്ത്രത്തിലും പറയുന്നത് ധർമ്മമേം ഇതം പ്രാഹും സമാധി യോഗ വിത്തമാഹ യോഗ വിത്തമന്മാർ പറയുന്നത് ധർമ്മമേഘം സമാധി എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ആനന്ദ പുണ്യാധിക്യം കൊണ്ട് ആനന്ദവർഷം ഉണ്ടാകുന്നതെന്നാണ് അത് എത്ര വലിയ വർഷമായാലും ശരി പുണ്യഫലമാണ് ഇവിടെ ധർമ്മകാര്യമാണ് അതുകൊണ്ട് തന്നെ നിഷേധിക്കുന്നു അതല്ല ഇവിടെ നമുക്ക് അറിയാവുന്ന ആനന്ദമല്ല നമ്മൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന ആനന്ദമല്ല ഇത് പിന്നെന്താണ് സ്വാഭാവിക ആനന്ദോ ഇത് ഐശ്വര്യം രണ്ട് രീതിയിൽ ഉപാസകൻ്റെ നിലയിൽ നിന്നും തത്വത്തിൻ്റെ നിലയിൽ നിന്നും മനസ്സിലാക്കും ഉപാസകനോട് പറയുന്ന പല കാര്യങ്ങളും ഉപാസകൻ കേവലം ഉപാസനക്ക് വേണ്ടി എടുക്കുമ്പോൾ തത്വത്തിനത് തത്വബോധത്തിന് വേണ്ടി എടുക്കും ഉപാസനക്ക് വേണ്ടിയല്ല മിഥീശ്വര വിജ്ഞാനമാനന്ദം ബ്രഹ്മേശ് ഇതിലൂടെ തുല്യമാണ് എത്ര വലിയ ആനന്ദ ധർമ്മകാര്യമായി പ്രാപിച്ചാലും അത് ദുഃഖത്തിൽ നിന്നും അതിന് പ്രത്യേകിച്ച് ദുഃഖസംബന്ധന നമ്മൾ ആഗ്രഹിക്കുന്ന മോക്ഷം എന്ന് പറയുന്നത് നിരദിശയിൽ ആനന്ദം എന്നൊക്കെ നമ്മുടെ സങ്കല്പത്തിൽ വരുന്നത് ദുഃഖസമന്ധമാണ് എന്തുകൊണ്ട് തഥാ അധർമ്മകാരി ജരാതി ബേദരീകരണാവി ജരാതി ദുഃഖസ്വരൂപം സ്വാഭാവികം സാധിത്യാശങ്കീത അധർമ്മകാര്യമാണ് ജരാതികൾ അത് ഇനി ആനന്ദം സ്വാഭാവികമായിട്ടുണ്ടല്ലോ അവരുടെ ദുഃഖവും സ്വാഭാവികമായിട്ടുണ്ടോ ജരാതി ദുഃഖ സ്വരുക സ്വാഭാവികം അങ്ങനെ ഉണ്ടാകുമോ അതോ ഇക്ക തന്നുപിടത്തെ ജരാധീനം ധർമാധർമ്മീല ജരാതികളിലൂടെ പ്രത്യേകം നിഷേധിക്കുന്നു ധർമാധർമ്മങ്ങളിൽ നിന്നും വേറിട്ടെ കാരണം അങ്ങനെ സ്വാഭാവികമായി ആ ദുഃഖം പാപഫലമാണ് ആനന്ദവും അതുപോലെ തന്നെ പുണ്യഫലമാണ് ഇതിനെ രണ്ടിനെയും നിഷേധിച്ചാൽ ശേഷിക്കുന്ന സ്വരൂപം അങ്ങനെ ആനന്ദം എന്ന് പറയുന്നു കാരണം അത് ഇതൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് അത് നമുക്ക് അനുഭവിക്കാൻ പറ്റിയ ഒരു ആനന്ദം അവിടെ ഇരിക്കുന്നതുകൊണ്ടല്ല അതുകൊണ്ടിവിടെ ജരാധികളെ ധർമാധർമ്മങ്ങളിൽ നിന്നും ധർമാർ നിഷേധിച്ച് ജരാതികളെയും നിഷേധിച്ചിരിക്കുന്നു ജരാതികൾ സർവ്വ ദുഃഖ അതുകൊണ്ട് സർവ്വ ദുഃഖത്തെയും ഗ്രഹിക്കണം ഈ പരമാത്മാ അത് ദുഃഖസ്വരൂപമല്ല നമ്മൾ ധരിക്കുന്ന ദിനത്തിൽ അത് ആനന്ദ സ്വരൂപമുണ്ട് പിന്നെ ആനന്ദ ദുഃഖാദികളുടെ നിവൃത്തി സ്വരൂപമാണ് സർവ്വ നിവൃത്തി ആയതുകൊണ്ടാണ് അതിന് ആനന്ദം എന്ന് പറയുന്നത് സാറിന് നമ്മൾ പറയും എല്ലാ പ്രാണികളും ദുഃഖത്തെ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് നമ്മളും ആനന്ദത്തെ നേടണം ഇത് നേടുന്ന ആനന്ദമല്ല ആനന്ദത്തെ നേടുന്നതാണ് മോക്ഷം ഇവിടെ പറയുന്നത് അങ്ങനെ ഒരു മോക്ഷമുണ്ട് നേടുന്ന മോക്ഷമുണ്ടോ പാപം നിമിത്താനന്ദ ദുഃഖാനാ ആനന്ദ്യ പ്രത്യേക പ്രതിഷേധ ശേഷിക്കർവദുഃഖ പ്രതിഷേധാർത്ഥം യുക്തമേ അപകത്ത പാത്മത്വം വച്ചന കൂടെ പറയുന്ന അപകത്ത പാത്മ ആ പാപങ്ങളെല്ലാം നിവർത്തിച്ചവനെന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ പാപം അനന്തമാണ് ദുഃഖവും അനന്തമാണ് ഓരോന്നിനും നിഷേധിക്കാൻ പറ്റത്തില്ല ഇന്ന പാപം ആ പാപം ദുഃഖം അടുത്ത് ഇന്ന പാപം അതുകൊണ്ടുള്ള ദുഃഖം അങ്ങനെ നിഷേധിക്കാൻ പറ്റത്തില്ല എല്ലാത്തിനും ഒറ്റയടിക്ക് നിഷേധിക്കും പ്രത്യേകിച്ച പ്രതിഷേധ ശേഷക്കു സർവ്വ ദുഃഖ പ്രതിഷേധം അതിനുവേണ്ടി പറഞ്ഞു അപകത്ത പാത്മത്വം അപകത്ത പാത്മാവാണ് ഇത് ആനന്ദമല്ല ദുഃഖവുമല്ല സത്യവിദി സ്വയും സത്യ കാമഹ അമോഹസങ്കൽപ്പൻ എന്ന് പറയും ഈ പരമാത്മാവിന്റെ സങ്കല്പങ്ങൾ വ്യക്തമാകുന്നില്ല അങ്ങനെ പറയാൻ കാരണമെന്നു കൊണ്ട് ജീവൻ നിരന്തരം പലതും സങ്കല്പിക്കുന്നു എല്ലാം വ്യക്തമാണ് കുറെയൊക്കെ സാർത്ഥകമാവും പിന്നീട് അത് വ്യക്തമാകും അങ്ങനെ തന്റെ പക്ഷേ പരമാത്മ സങ്കല്പല്ല അതല്ല എന്തുകൊണ്ട് സാർഥകമാണ് അതാണ് ഈ കാണുന്നത് ശബ്ദസ്പർശ രൂപഗന്ധത്തിൽ പ്രപഞ്ചരൂപത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് ആ പരമാത്മ സങ്കല്പമാണ് അതെവിടെ വ്യർത്ഥമാകുന്നു സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം ആ സങ്കൽപ്പാധീനമാണ് സത്യവിദ്യതാ സത്യകാമ വിദ്യതാ ഹി സംസാർ നാം കാമ സംസാരികളുടെ കാമം എന്ന് പറയുന്നത് വിധദമാണ് ഈശ്വര ഈശ്വരന്റെ കാമം അങ്ങനെയല്ല പരമാത്മ കാമ സ്ഥിതി സംഹാരങ്ങളെ നിയമപൂർവ്വം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നാണ് തഥാ കാമേതങ്കൽപാഭി സത്യ സത്യസങ്കൽപ്പ സങ്കല്പങ്ങൾ കൂടി സത്യമായിരിക്കുന്ന ഏതാണോ അവനാണ് സത്യസങ്കല്പൻ അത് ഈശ്വരന് മാത്രമേ ഈശ്വരൻ മാത്രമേ ഉള്ളൂ സത്യസങ്കല്പനായി ജീവന്മാർക്കൊന്നും സാധ്യമല്ല ജീവന്റെ ഹൃദയ ദേശത്താണ് ഇരിക്കുന്ന അതൊക്കെ ശരിയാണ് പക്ഷെ സത്യസങ്കല്പ സാധ്യമല്ല സങ്കല്പിക്കുന്നതെല്ലാം സത്യമായി വരത്തില്ല അനുഭവത്തിൽ കാണുന്നുണ്ടെന്താണ് സങ്കല്പങ്ങളെല്ലാം വിദതമായി തീരുന്നു വ്യർത്ഥമായിത്തീരുന്നു അപ്പുറവും ചിലതൊക്കെ സത്യമാവും കൂടുതലും അസത്യമാവുകയായിരുന്നു സങ്കല്പ കാമാശ അശുദ്ധ സത്വവാക്കി ആ സങ്കല്പം കാമം എല്ലാം സത്യമായിരിക്കും ഉപാധിയുടെ വ്യത്യാസം കൊണ്ട് ശുദ്ധസത്വ ഉപാധി നിമിത്ത ഈശ്വരം ഈശ്വരന്റെ ഉപാധി ശുദ്ധസത്വമാണോ രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ് ജീവൻ ഈശ്വരൻ പരം ബ്രഹ്മം അങ്ങനെ മൂന്നായി തിരിക്കാൻ അല്ല പരബ്രഹ്മത്തിൽ ഇതൊന്നുമില്ല പുണ്യപാപങ്ങളൊന്നുമില്ല ദുഃഖം ആനന്ദമൊന്നുമില്ല ഈശ്വരനാണെങ്കിലോ അവിടെ സത്യസങ്കല്പനായിരിക്കുന്നു സത്യകാമനായിരിക്കുന്നു ചിത്രഭൂത്ത് ഇവിടെ സത്യം സത്യ കാമോ യസ്യ സത്യസങ്കൽപോ യസ്യ ഇങ്ങനെ ബഹുബ്രീ സമാസാണ് ചിത്രഭൂ ചിത്രാകാമോ യേശ്യ സ ചിത്രഭൂ ദേവദത്ത എന്ന് പറയുന്നവർ സത്യസങ്കല്പങ്ങളെല്ലാം ഉള്ള ഒരുവൻ സത്യമാകുന്ന സങ്കല്പമൊന്നല്ല സത്യസങ്കല്പങ്ങളുള്ളവൻ സത്യമായ കാമങ്ങളുള്ളവൻ എന്ന ആർത്ഥത്തിൽ എടുക്കണം അതാണ് ഈശ്വരൻ എന്ന സ്വത്തോ നേ പക്ഷെ സ്വതോ അതിൽ എന്തുകൊണ്ട് നേടി നേടി ഇവിടെ നിഷേധിക്കുന്നു ഈശ്വരനിൽ സത്യസങ്കല്പമുണ്ട് ഈശ്വരന് സത്യകാമുണ്ടെന്ന് പറഞ്ഞിട്ട് അടുത്ത് പറയുന്നത് സ്വത്തോന്നാ ഈശ്വരൻ അതില്ലാന്ന് ശ്രമിക്കും നേടി നേടി പിന്നെ ഇതെന്താ രണ്ടും പറയുന്നതിന്റെ താല്പര്യം ഈശ്വരന്റെ സാത്വികമായ ഉപാധിയോടുകൂടി വരുമ്പോൾ ഇതൊക്കെ വരുന്നു ഉപാധിയെ നിഷേധിച്ചു കഴിഞ്ഞാൽ നേടി നേടി നിഷേധിച്ചാൽ പിന്നീട് അവിടെ സത്യസങ്കല്പവുമില്ല സത്യ യഥോക്ലക്ഷണേ ആത്മാവിജ്ഞേയ ഗുരുഭ്യാസ്ത്ര ആത്മസംവേദ്യതയെ ശൃതാത്രം ലോക പ്രജവിശന് അനുവർത്തു പ്രജസ്വാമനം മലയമാനുശാസനം അന്വാവിശന്തി ഇവിടെ രണ്ട് ഭാവത്തെയും പറയുന്നു നിർഗുണമായ ഭാവം ഇതെല്ലാം നിഷേധിച്ച ശേഷിക്കുന്ന ഭാവം മറ്റൊന്ന് സഗുണഭാവം അപഹദാത്മാവായി അത് രണ്ടുതരത്തിലും മനസ്സിലാക്കും സ്വതോ നേ സത്യ കാമവും സത്യസങ്കല്പ എല്ലാം ഉള്ള ഒരുശ്വരൻ ഇതൊന്നും ഇല്ലാത്തൊരു ഈശ്വരൻ രണ്ടുതരത്തിൽ യഥോക്തരക്ഷണേ വാത്മാവിജ്ഞയോ ഇപ്പറഞ്ഞ രീതിയിൽ ആത്മാവിനെ അറിയുന്നു മൂന്നിരത്തിലൊന്ന് ജീവഭാവത്തിൽ കാമസങ്കല്പങ്ങളോടുകൂടിയവനായി ഇനി പരമാത്മഭാവത്തിൽ സത്യകാമസങ്കല്പങ്ങളോടുകൂടിയവായി ഇനി നിർഗുണഭാവത്തിൽ ആത്മവിജയോ ഗുരുഭ്യ ശാസ്ത്ര ഇത് ഗുരുക്കന്മാരിൽ നിന്ന് ശാസ്ത്രത്തിൽ നിന്നും ആത്മസംവേദ്യിതയാത സ്വരാജ്യ കാമേഹി സ്വരാജ്യ കാമന്മാര് അന്യരാജ്യ അന്യ രാജ്യത്തെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു അത് പരാധീന ആശാഭാസങ്ങളാൽ ബന്ധിക്കപ്പെട്ടവനാണ് പരാതി അവൻ അന്യരാജ്യങ്ങളെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു ഇവിടെ സ്വരാജ്യത്തെ പ്രാപിക്കുന്നവൻ സ്വരാജ്യകാമൻ അവൻ യഥോക്തൃഷ്ണേവാത്മാ വിജയ ഈ പറഞ്ഞ രൂപത്തിലുള്ള ആത്മ അവനെ അറിയണം ഗുരുഭ്യാ ഗുരുക്കന്മാരിൽ നിന്ന് ശാസ്ത്രജ്ഞ ശാസ്ത്രത്തിൽ നിന്ന് ആത്മസംവേദ്യതയാ ആത്മസംവേദനം എന്നുള്ള ആത്മബോധം എന്നുള്ള നിലയ്ക്ക് അവനറിയണം അവന് വേറെ രാജ്യത്ത് പോകേണ്ട കാര്യമുണ്ട് ഗൾഫിൽ പോകുന്നവനു പോകേണ്ട കാര്യമുണ്ട് അവന് സ്വന്തം രാജ്യത്തിൽ തന്നെ കഴിഞ്ഞാൽ ഉപാസകന് പലതും ആഗ്രഹമുണ്ട് ഐഹികവും പാരത്രികമായി പലതും നേരമെന്നുണ്ട് ഉപാസകൻ എന്തും ആഗ്രഹിക്കും യശസ് ആഗ്രഹിക്കും സമ്പത്താഗ്രഹിക്കും ആഗ്രഹിക്കും ഇവിടെ അങ്ങനെയല്ല അതൊന്നും ആഗ്രഹിക്കുന്നില്ല അത് മനസ്സിലാക്കണം സ്വരാജ്യകമന്മാര് ഇതിന്റെ പരമാർത്ഥത്തെ മനസ്സിലാക്കണം ഉപാസനെ കാണിക്കാമിക്കുന്നവൻ അതിന്റെ ഉപായത്തെ അനുഷ്ഠിക്കണം എന്നേത് വിജ്ഞാനക്കോ ദോഷ ഈ പരമാർത്ഥത്തെ അറിഞ്ഞെങ്കിൽ എന്താ ദോഷം സുനിതാത്ര ദോഷം ദൃഷ്ടാന്തിന് ഇവിടെ ഉദാഹരണത്തിന് മനസ്സിലാക്കും യഥാ ഈ പ്രജ അന്മാവിശ്യന്തി അനുവർത്തന്തി യഥാ അനുശാസനം പറയുന്നു ഇവിടെ ജനങ്ങളെ നോക്കുക ഒരു രാജാവിന്റെ അധീനതയിലാണെങ്കിൽ രാജാവ് പറയുന്നതൊക്കെ അനുസരിക്കും രാജാവ് പറയുന്നിടത്ത് പോകണം ജീവിക്കണം അതെല്ലാം ചെയ്യണം യഥാനുശാസനം അനുമാവശ്യന്റെ അനുവർത്തന് രാജാവ് പറയുന്നതനുസരിച്ച് ജീവിച്ചാലേ പറ്റും യഥാ യുദ്ധപ്രജ അന്യസ്വാമിനും അന്യമാൻ ആ വേറൊരു കാണുന്നു എനിക്ക് വേറെ യജമാനാണെന്ന് കാണുന്നു പറയുന്നതൊക്കെ അനുസരിക്കുന്നു സ്വസ്ഥിസ്വാമിനോ തന്റെ യജമാനെ അനുസരിക്കുന്നു യജമാൻ പറയുന്നു യജമാനിന്റെ മുമ്പിൽ വളരെ അനുസരണയുള്ളവനായിരിക്കും അവൻ ശ്രമിക്കുന്നു സ്വാമിനും മലയമാനാസ്വസ് യഥാനുശാസനം അവന്റെ എല്ലാ ആജ്ഞയും യഥാ തഥാ അന്വാവിശാന്തി അതെല്ലാം അതുപോലെ തന്നെ പരിപാലിക്കുന്നു ആജ്ഞകളെ പരിപാലിക്കുന്നു ആജ്ഞയെ പരിപാലിക്കുന്ന ആജ്ഞന്റെ സ്വഭാവം എന്നാണ് പറയുന്നത് അജ്ഞനാണ് അതിന് ആവശ്യം വരുന്നത് അജ്ഞനാണ് സ്വാമിയുള്ളത് യജമാനുള്ളത് അജ്ഞനാണ് ഭൃത്യഭാവമുള്ളത് അജ്ഞനേ ഉള്ളൂ അത് ഭൃത്യഭാവം പ്രജാന്യസ്വാമിന സസ്യ സ്വാമിനിതാനുശാസനം തഥാ തഥാ അന്വേഷന്തിമന്തം പ്രത്യന്തം ജനപദം ക്ഷേത്രം ഉപാസകൻ അതിന് സമമായി ലൗകി എന്റെ കാര്യം പറയുന്നു അവൻ എന്തെങ്കിലും ആഗ്രഹിക്കുന്നു എന്തെങ്കിലും നേടണമെന്ന് ആഗ്രഹിക്കുന്നു രാജാവിനെ സമീപിക്കുന്നു രാജാവ് പറയുന്നത് നീ ഇന്ന രാജ്യത്ത് അവിടെ സേനാധിപതിയാകും അല്ലെങ്കിൽ അവിടെ മന്ത്രിയാകും അല്ലെങ്കിൽ അവിടുത്തെ മറ്റെന്തെങ്കിലും ഉദ്യോഗസ്ഥനാകും അങ്ങനെ യജമാനും പറയുന്നതനുസരിച്ച് ഓരോ സ്ഥലത്തു നിന്നും ഓരോ ഓരോന്നാകുന്നു ഓരോ ജനപഥ ക്ഷേത്രഭാഗം അഭികാമ്യ അർത്ഥിഞ്ഞു ബോന്തി ആത്മബുദ്ധി അനുരൂപം അല്ലെങ്കിൽ യജമാനിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങൾ ആഗ്രഹിച്ചിട്ടായിരിക്കും യജമാനം പറയുന്നതൊക്കെ അനുസരിക്കുന്നു ഞാൻ അർത്ഥിയാണ് ആത്മബുദ്ധി അനുസരിച്ച് തന്റെ സങ്കല്പം അനുസരിച്ച് താൻ എങ്ങനെയാണോ ഇതിനെക്കുറിച്ച് കാണുന്നത് അതിനനുസരിച്ച് തം തമ്മയെ വെച്ച പ്രത്യായ യുവജീവ് എന്തൊക്കെയാണോ ആചാരം തരുന്നത് സ്വീകരിക്കുന്നു എന്തൊക്കെ എന്തൊക്കെയാണോ ആചാരം നേടേണ്ടത് അതെല്ലാം നേടുന്നു അതർത്ഥി ആയിരിക്കുന്നത് അങ്ങനെ പലതും നേടാനുള്ളത് കൊണ്ട് യജമാന സേവ ചെയ്ത് കഴിയും പറയുന്നു യഥാ അനുശാസനം എം എം എം എം അന്തം അഭിക്രാന്താ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ചെയ്ത് അതൊക്കെ ചെയ്ത് അതുപോലെ ഉപാസകനും യജമാനും അയാൾ കാമിക്കുന്ന ഫലം തന്നെ അയാളുടെ ആ ഫലത്തെ നേടുന്നതിന് വേണ്ടി എന്താണോ ഉപാസന ചെയ്യേണ്ടത് അതൊക്കെ അവൻ ചെയ്യുന്നു പുണ്യഭാവങ്ങളിലൂടെ ഫലത്തെ നേടാൻ വേണ്ടി അതിന്യോ ഭൗതി ആത്മബുദ്ധിയൂപം തം തമേവച പ്രത്യന്താദി ഉപജീവന്തി യേശുഷ്ടാന്തോ അസ്വാതന്ത്രി ദോഷം പ്രതി പുണ്യഫലഭൂമി പറയുന്നു ഉപാസകന് ഒരു ദോഷമുണ്ട് സ്വാതന്ത്ര്യദോഷം തത്വജ്ഞന എന്തുകൊണ്ടാണ് അസ്വാതന്ത്ര്യദോഷം എന്നുകാരണം ഉപാസകൻ ഉപാസന ചെയ്യണം പുണ്യമുണ്ടാകണം പുണ്യത്തിന്റെ ഫലമായിട്ടാണ് ലോകങ്ങൾ ഫലമുണ്ടാകുന്നത് ഉപാസകൻ പുണ്യത്തിൽ നേടേണ്ടി വരുന്നു അതാണ് അസ്വാതന്ത്ര്യം പുണ്യത്തെ ആശ്രയിച്ചു വരുന്ന ഫലങ്ങൾ അത് ഉപാസകന്റെ ദോഷമാണ് അസ്വാതന്ത്ര്യം ദോഷമാണ് തത്വജ്ഞൻ അങ്ങനെയല്ല തത്വജ്ഞൻ പുണ്യത്തെ ആശ്രയിക്കുന്നില്ല തത്വജ്ഞന്റെ ഫലമെന്ന് പറയുന്ന കൃതകൃത്യതെങ്കിൽ ആത്മവിശ്രാന്തി ആ തത്വജ്ഞാനം അല്ലാതെ മറ്റൊന്നിനെ ആശ്രയിക്കുന്നില്ല പുണ്യപാപങ്ങളെയെന്നും ആശ്രയിക്കുന്നു ഉപാസന എങ്ങനെയെല്ലാം നേരിട്ട് പുണ്യപാപത്തെ ആശ്രയിക്കുന്നു ഇനി തത്വജ്ഞൻ ആ തത്വജ്ഞാന പദ്ധതി എത്തിക്കുന്നതിന് വേണ്ടി സ്വയം അതിലെത്തിച്ചേക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഗുരു അയാളെ അതിലെത്തിപ്പിക്കുന്നതിന് വേണ്ടി അയാൾക്ക് മറ്റു പലതും നിർദ്ദേശിക്കുന്നു അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആത്മമോട്ട് തത്വജ്ഞാനം കൊണ്ട് നേടേണ്ട മോഷാതിൽ അസ്വാതന്ത്ര്യ അസ്വാതന്ത്ര്യ ദോഷമില്ലാതോ പറയും ഇതൊരു നിമിത്തത്തെ ആശ്രയിക്കുന്നു ആദ്യന്തമായി തത്വം ഞാനത്തപ്പോലും കാരണം തത്വം ഞാനും നിലനിൽക്കുന്നില്ല വേറിട്ട് നിലനിൽക്കുന്നില്ല തത്വവും ഞാനും രണ്ടായി നിൽക്കുന്നില്ല തത്വം ഞാനും തത്വവും ഞാനി നിന്ന് അതുകൊണ്ട് ഇവിടെ അസ്വാതന്ത്ര്യദോഷമുണ്ട് ഇവിടെ അങ്ങനെയല്ല ഉപാസനെ സംബന്ധിച്ചിടത്തോളം പുണ്യത്തെ ആശ്രയിക്കുന്നു അതുകൊണ്ട് ഇവിടെ അസ്വാതന്ത്ര്യദോഷമുണ്ട് രണ്ടും പറയുന്നുണ്ട് ഉപാസനയെ കുറിച്ച് പറയുമ്പം തന്നെ തത്വജ്ഞന്റെ നിലപാടും പറഞ്ഞു എന്താണ് രണ്ടും പറഞ്ഞു ഉപാസകനെ സംബന്ധിച്ചിടത്തോളം യജമാനനുണ്ട് തത്വജ്ഞനെ സംബന്ധിച്ച് യജമാനൻ ഭൃത്തിനും ഇല്ല രണ്ടുമില്ല യജമാനില്ല ഭൃത്തിനാകാമോ അതുമില്ല അവിടെ സ്വാമി ഭൃത്യഭാവമില്ല ഉപാസനയിൽ അങ്ങനെ ഇല്ലാതുകൊണ്ട് ഉപാസന ആത്യന്തികമായിട്ട് അയാളുടെ കാമങ്ങൾ തന്നെ അയാളുടെ യജമാനായിരിക്കുന്നു ആ കാമം നയിക്കുന്ന വഴിയാണ് പോകുന്നത് സ്വർഗ കാമി സ്വർഗ്ഗകാമോ കാമിക്കുന്നവൻ സ്വർഗത്തിന് വേണ്ടി ഉപാസനയോ യജ്ഞ എന്തും യോഗ്യമായി ചെയ്യും അല്ലെങ്കിൽ കിരണ്ടി ഗൽഭപ്രാപ്തി പോലെയുള്ള ഫലങ്ങൾക്ക് വേണ്ടി ഉപാസന ചെയ്യുന്നു അവിടെയെല്ലാം വ്യത്യാസമുണ്ടല്ലോ അവിടെ അനുശാസനത്തെ അനുവർത്തിക്കുന്നു ഉപദേശത്തെ അനുവർത്തിക്കുന്നു അനുശാസനം അനുസരിച്ച് തന്നെ പോകണം എന്റെ വഴിക്ക് പോകണമെന്ന് പറയും തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുന്നത് എത്ര വേദം പോലും വേദമല്ലാതായി തീരുന്നു പിന്നെ ഇവിടെ ഇങ്ങനെ യജമാനം വേദം പോലും യജമാനം ുമല്ല വ്യത്യാസം ഉപാസനയുടെ ഫലത്തിന് വേറെയും ദോഷങ്ങളുണ്ട് ഉപാസനയ്ക്ക് ഒരുവൻ പാത്രമാണെങ്കിൽ അയാൾക്ക് ഉപാസന അനുഷ്ഠിക്കാം പക്ഷേ അനുഷ്ഠിക്കുമ്പോൾ തന്നെ അതിൻ്റെ ദോഷവും ഗുണവും എല്ലാം മനസ്സിലാക്കി വേണം ചെയ്യാം അതിൻ്റെ ഗുണദോഷങ്ങൾ മനസ്സിലാക്കിയാൽ എന്തിനുഷ്ഠിക്കണം കാരണം അതനുഷ്ഠിക്കുന്നതിനുള്ള യോഗ്യതയേ ഉള്ളൂ അതുകൊണ്ട് അതനുഷ്ഠിക്കുന്നു അത അന്യോഷ്ടാന്ത തീ തദ്ഹ ഇന്യ ഉപാസനാക്രമങ്ങളുടെ ഫലം നശിക്കുന്നതാണെന്നുള്ള വേറെ നിഷ്ടാന്തവും എന്താണ് തദ്ഹ ദാഹ लोग एव कर्मचि एवमेमु्योक क्षीय आत्माद्रज सो कामचारो इनमें ब्रजंती सर्व लोकेशो ുശാസന അനുവർത്തിനീ നാം ലോക ഉപാസന വ്യക്തമായും ഫലത്തെ ആശ്രയിച്ചുകൊണ്ടാണ് ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് തത്തത്ര യുദ്ധ ലോകെ ഇവിടെ സാമീപ സ്വാമി അനുശാസന അനുവർത്തിയുടെ ഗുരുവിന്റെ അനുശാസനത്തെ യജമാനന്റെ അനുശാസനത്തെ രാജാവിന്റെ അനുശാസനത്തെ അതേപോലെ അനുവർത്തിക്കുന്നു ഒരു തെറ്റും കൂടാണ് അക്ഷരം പള്ളി എന്നു ചില കാമനകളുണ്ട് വെച്ചുകൊണ്ട് ആ കാമനകളെ നേടാൻ വേണ്ടിയിട്ട് അതാണ് തത്വജ്ഞന അല്ല പറയുന്നു നിഷ്കാമിയ പറയുന്നത് കാമനയുള്ളവനെ കുറിച്ച് പറയുകയാണ് സ്വാമി അനുശാസന അനുവർത്തിനീ പ്രജാന സേവാദിജനിത ലോക അങ്ങനെയുള്ളവർ ശിഷ്യന്മാരോ പ്രജകളോ ആരായനുസരി ഫലത്തിന് വേണ്ടി ഗുരുവിനെ അല്ലെങ്കിൽ യജമാനെ ഉപാസിക്കുന്നവൻ അവന് സേവാദിജനിത ലോക ഇവിടെ ലോകത്തിലാണെങ്കിൽ എന്താണ് രാജാവിനെ സേവിക്കുന്ന സേവ കൊണ്ട് അവന് കിട്ടുന്ന ഫലം പരാധീനം പോവുക ആ ഫലം അനുഭവം വെച്ചാൽ പരാധീനമാണ് യജമാനൻ കൽപ്പിച്ചത് കൊണ്ട് കിട്ടിയതാണ് യജമാനന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയതാണ് യജമാന്റെ സംതൃപ്തിയിൽ കിട്ടിയതാണ് ഫലം പരാധീന ഉപഭോഗമാണ് അതിന്റെ അനുഭവം പരാധീനമാണ് അത് ക്ഷീത അന്തർ അന്തർഭാൻ ഭൂതി അത് ക്ഷയിക്കുന്നു ആ ഫലങ്ങളില്ലാതായിത്തീരുന്നു അന്തമുള്ളതായിത്തീരുന്നു അത് ലൗകികമായ സേവാദികളിലൂടെ നേടുന്ന ഫലമായാലും ശരി ഉപാസനയുടെ നേടുന്ന ഫലമായ ശരി നനനിർത്തുന്നില്ലാത്ത ദാഷ്ടാന് ദിവസവും മറിച്ച് ദാഷ്ടാന്തീ അങ്ങനെയല്ല എന്താണ് ഏമേവാത്ര അഗ്നിഹോത്രാദി പുണ്യജനിതോ ലോക പരാതിയത് ഇനി പറയുന്നു പരമാത്മാവ് ഒഴികെയുള്ള സ്ഥലത്ത് അഗ്നിഹോത്രാദി അനുഷ്ഠാനങ്ങളിലൂടെ പുണ്യത്തെ സമ്പാദിച്ച് നേടുന്നതും പരാധീന ഉപഭോഗാതും അനുഭവം കൊണ്ട് ക്ഷീയത ഉക്തോ ദോഷോ യേഷ വിഷയം ും ഉപാസനുസംഹ അസ്കർമ്മോരധികൃത യോഗ്യസന്ധാത്മാനം യഥോക്തലക്ഷണം ശാസ്ത്രചാര്യ വിദ്യ യഥോക് ഉപദേശമനസ് അകൃത്തുവാർജിതസ്മായതാം സത്യസങ്ക കാമാൻ അനുവിദ്യപ്പെടുത്തി ലോകേഷു ആ കർമ്മ അസ്വതന്ത്ര ഭവീ ആ പൂർണ്ണതയിലെത്താത്തവന്റെ കാര്യം ഉപാസനയിലൂടെ കർമ്മങ്ങളിലൂടെ എല്ലാം പല ലോകത്തെ പ്രാപിച്ചാൽ അവൻ ഇവിടെ എത്തിച്ചേരുന്നു അവിടെയുള്ള കാമങ്ങളെ അവൻ അനുഭവിക്കാൻ പറ്റും സർവകാമി അവനെ സംബന്ധിച്ചുണ്ടാകുന്നില്ല അസ്വിൻലോകെ ജ്ഞാനകർമ്മോരധികൃത യോഗ്യഹ ഉപാസനയ്ക്കും കർമ്മത്തിനും അധികാരിയായിട്ടുള്ള യോഗ്യന്മാർ സന്താ പറയുന്ന യോഗ്യന്മാരാണ് ജ്ഞാനത്തിനും ഉപാസനയ്ക്ക് കർമ്മത്തിന് സർവര് യോഗ്യരല്ല അങ്ങനെ യോഗ്യരായിട്ടുള്ളവർ ആത്മാന യഥോക്തലക്ഷണം അവരെന്ത് ചെയ്യുന്നു ഇവിടെ പറഞ്ഞ രീതി ശാസ്ത്രാചാര്യ ഉപതിഷ്ഠ അനുവിദ്യാശാസ്ത്രൻ ആചാര്യ നിർദ്ദേശിച്ചതിനനുസരിച്ച് യഥോ ഉപദേശം മനോപദേശത്തിനനുസരിച്ച് സ്വസംവേദ്യത മകർത്ത ഇവിടെ ആത്മബോധം കൂടാതെ എന്നർത്ഥം ശരിയായ ആചാര്യന്റെ അവർക്കുണ്ട് ശാസ്ത്രാചാര്യ ഉപദേശമുണ്ട് പക്ഷെ ശരിയായ ആത്മബോധം ശരിയായ ആചാര്യത്തിൽ നിന്നുള്ള ശരിയായ ഉപദേശം കൂടാതെ സ്വസംയുധിതകൊടുത്തു ആത്മബോധം കൂടാതെ ആത്മബോധങ്ങളുടെ തന്നെ ഈ കർമ്മത്തിന് ഉപാസനിക്കുന്നു യാതൊരു പ്രസക്തിയില്ല കാരണം ഇതെല്ലാം ഫലത്തെ ഇച്ഛിച്ചു ചെയ്യുന്ന ആത്മബോധം ഇല്ലാത്തടത്താണെങ്കിലും ഇതെല്ലാം ുണ്ട് ആത്മ വളർത്താണെങ്കിൽ ഇതിൽ നിന്നും നിലനിൽപ്പില്ല ശാസ്ത്രാചാര്യ ഉപദേശം ഉപദേഷ്ടം അനിവിദ്യ അനുവിദ്യ രണ്ടുമുണ്ട് ഉപദേശത്തെ അനുസരിച്ചും അനുസരിക്കാതെ യഥാർത്ഥ ഉപദേശത്തെ സ്വീകരിച്ചുകൊണ്ടും അത് സ്വീകരിക്കാതെയും സ്വീകരിച്ചാണെങ്കിൽ പിന്നീട് അവൻ സർവവിത്താവും സർവത്തെയും അറിയുന്നവനാവുന്നു സർവ്വവും മറിച്ചാണെങ്കിൽ സുസംവേദ്യതാകൃത്തു അബോധം കൂടാതെയാണെങ്കിൽ വിടുകയാണെങ്കിൽ കൂടി സത്യസങ്കൽ ാംശ സ്വാത്മസ്ഥാൻ എല്ലാം തന്നെ തന്നെ സ്ഥിതി ചെയ്യുന്നേ കാമാൻ അന്നന് വിദ്യ ഇത് ഗ്രഹിക്കാതെ അവന് ലോകം വിടുന്നു തേശ സർവേഷ ലോകേഷ കാമാരു അസ്വതന്ത്രം അവൻ സർവത്ര അസ്വതന്ത്രനായിരിക്കും ഇവിടെ അസ്വതന്ത്രനായിരിക്കും പരലോകത്തിലും അസ്വതന്ത്രനായിരിക്കും അവൻ പുണ്യത്തെ ആശ്രിച്ചു പോകുന്നു പുണ്യക്ഷയിക്കുമ്പോ തിരിച്ചു വരേണ്ടി വരുന്നു പുണ്യ പാപാതിയിൽ അവൻ ദുഃഖത്തെ അനുഭവിക്കേണ്ടി വരുന്നു അസ്വതന്ത്രനാകുന്നു യഥാ രാജാ അനുശാസന അനുപാർത്തനീനം പ്രചാരം അതാണ് രാജാവ് പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുന്ന പ്രജകൾക്ക് അതുകൊണ്ട് സുഖവും ദുഃഖവും രണ്ടും ഉണ്ടാവും അനുകൂലമായത് പറഞ്ഞ് സ്വീകരിച്ചു കഴിഞ്ഞാൽ സുഖം പ്രതികൂലമായത് പറഞ്ഞ് നിഷേധിച്ചാൽ അത് ദുഃഖം ഇത് രണ്ടും സംഭവിക്കും അതാണ് രാജാനു ശാസന വാർത്ത നീളാം പ്രചാരണം അതായത് അനേക ലോകെ ആത്മാനുശാസ രാജാവിനുപദേശം അനുവിദ്യ സ്വാത്മസംവേദ്യത ആപാദ്യ വെർജന്തിന് ആരാണോ ശാസ്ത്രം അല്ലെങ്കിൽ ആചാര്യം ഉപദേശിക്കുന്നതിനനുസരിച്ച് സ്വസ്വരൂപത്തെ ഗ്രഹിച്ച് വീർജന്തി ഇവിടെ വിട്ടുപോകുന്നത് എങ്ങനെ സ്വാത്മസംവേദ്യതാപാദ്യ പ്രത്യേകം ശ്രദ്ധിക്കുന്നു സ്വത്നസംവേദ്യമാക്കിയിട്ട് സാക്ഷാത്കരിച്ചിട്ടു സസ്യൻ കാമാർവേഷു കാമച ദമനത്തെക്കുറിച്ച് പറയുമ്പോൾ ഉപാസനെ കുറിച്ച് പറയുന്നു സത്യസങ്കല്പൻ സത്യ കാമൻ എന്നിങ്ങനെയെല്ലാം ഉപാസിക്കുന്നവൻ ഉപാസനയുടെ ഫലമായിട്ട് സർവലോകേഷ് കാമാചാരഭവൻ സർവ ഫലങ്ങളും പ്രാപ്തമായിത്തീരുന്നു സർവഫലം പ്രാപ്തമായി തീരുവാന്ന് പറഞ്ഞാൽ എന്താണ് അവന്റെ ഫലത്തിൽ സർവഫലങ്ങളും അന്തർഭവിച്ചിരിക്കുന്നു വ്യാപാരെ സർവ സമ്പ്രദോതയെ എന്ന് പറഞ്ഞാൽ ന്യായം പറയുക രാജൈവ സർവഭൂമസിഹലോക ഈ ലോകത്തിൽ ചക്രവർത്തിയായിരിക്കുന്ന രാജാവിന് വൃത്തിനെ പോലെയാണല്ല താൻ ആഗ്രഹിക്കുന്നതെല്ലാം നേടാൻ കഴിയുന്നു ധനമാനാദികളെല്ലാം അയാൾ നേടുന്നു അതുപോലെ അതിന് സമമായി സർവഭൂമനെ പോലെ മൂന്ന് കൂട്ടരാണ് ഒന്നാജ്ഞൻ അവന് കമചാരിത്വമില്ല രണ്ടാമത് ഉപാസകൻ അവന് കാമചാരിത്വം ഉണ്ടാവും സർവകാമങ്ങളെയും അവന് പ്രാപിക്കാൻ കഴിയുന്നു സത്യസങ്കല്പാദി ഗുണത്തോടുകൂടി ഉപാസിക്കുന്നു മൂന്ന് ആത്മനിഷ്ഠം അവന് സർവകാമങ്ങളെയും പ്രാപിച്ചിരിക്കുന്നു സ്വസ്വരൂപമായി മറ്റങ്ങനെയല്ല തൻ്റെ ഉപാസനയുടെ ഫലമായി അതാണ് രണ്ടും തമ്മിന്റെ വ്യത്യാസം ഇവിടെ ഉപാസനയുടെ ഫലമായി പ്രാപിച്ചിരിക്കുന്നു അത് ആത്യന്തികമല്ല തത്വനിഷ്ഠേണ്ട ഒന്നിൻ്റെയും ഫലമല്ല സ്വസ്വരൂപത്തെ പ്രാപിച്ചിരിക്കുന്നു നിരുപാധികമായി മറ്റ് സ്വാഭാവികമായി മൂന്ന് കൂട്ടിനൂടെ പറയുക മുഖ്യമായിട്ടൂടെ പറയുന്ന ഉപാസ്യങ്ങളെ കുറിച്ചാണ് അതിനുദാഹരണം പറയുന്ന എന്താണ് ഒന്ന് രാജാവ് രാജാവ് തന്റെ സാമ്രാജ്യത്തെ പ്രാപിച്ചിരിക്കുന്നു ഭൃത്തിയൻ അങ്ങനെയല്ല രാജാവിന്റെ അനുഗ്രഹം കൊണ്ട് അല്പം എന്തെങ്കിലും പ്രാപിച്ചിരിക്കുന്നു അതാണ് അജ്ഞനും ഉപാസകനും പരമാർത്ഥദ ദർശി മൂന്നുപേരുടെ ഈ നിലയെ കുറിച്ച് പറയുന്നു അവിദ്വാനപേക്ഷിച്ച് വിദ്വാൻ സ്വാതന്ത്ര്യമുണ്ട് വിദ്വാനപേക്ഷിച്ച് പരമാർത്ഥ ദർശിക്ക് സ്വാതന്ത്ര്യമുണ്ട് മൂന്നും തമ്മിലുള്ള വ്യത്യാസം അദ്വാൻ തികച്ചും പരാധീനനാണ് ഭൃത്തിന്റെ സ്ഥാനത്ത് വിദ്വാൻ രാജാവിന്റെ സ്ഥാൻ പരമാർത്ഥ ദർശിച്ചതിനെല്ലാം പുറം ഒന്നും നേടുന്നുമില്ല ഒന്നും നഷ്ടപ്പെടുന്നില്ല ആനന്ദത്തെ നേടുന്നില്ല ദുഃഖത്തെ നഷ്ടപ്പെടുന്നില്ല പരമാർത്ഥ ദർശിടുന്നില്ല यदि पितर पितृलोकमो सक संकल्प कामो, कामो, कामो भ्रा सी लोगे लोगे तेन लोगेन कामो भ्रातृलोको महूत अथ यदि शस्त्रोक कामोल तेन अथ लोगेन कामोल सखाया अथ यदि गंधमाल्यलोक कामो तेन अथ अथ गीतवाद തന്നെ ഗീതവാതിലോകോ മഹീയത അഥയ സ്ത്രീലോകോ സിയത്ഷന സ്ത്രീലോകോ കാമയത് സോ സങ്കൽപ്പതിഷതിന് മഹീയത ഉപാസകന്റെ ഫലം പറയാണ് ഉപാസകൻ എന്ത് സങ്കല്പമാണോ ഉള്ളത് സർവേശ്വരൻ ഭക്ഷ്യമാണ് ബ്രഹ്മചര്യാദി സമ്പന്ന സത്യാൻ കാമാൻസ തേഹോയതി ആ ഉപാസന ചെയ്യുന്നവൻ സത്യസങ്കല്പനായി തത്വജ്ഞാനിയെ കുറിച്ചല്ല പറയും സത്യസങ്കല്പം സത്യകാമനെല്ലാമായി ആ പരമാത്മാവിനെ ഉപാസിക്കുന്നവൻ അതിനുള്ള ബ്രഹ്മചര്യം സത്യം തുടങ്ങിയ സാധന സമ്പത്തിയോടുകൂടി അങ്ങനെയുള്ളവൻ സത്യാൻ കാമാൻസദേഹോ അവൻ ശരീരനാശത്തിന് ശേഷം പിതൃ ലോകത്തെ കാമിക്കുകയാണെങ്കിൽ പിതൃ ജനയിതാര സുഖ ഹേതുവേന ഭോഗ്യത്വ ലോകാവശ്യത്തെ സംബന്ധിച്ഛായ സങ്കല്പമാത്ര സമുത്തിഷ്ഠന്തി ആത്മസംബന്ധിത ആപദ്ന്തി അവൻ പിതൃലോകത്തെ പ്രാപിക്കുന്നു പിതൃക്കളുടെ സമീപത്തിലാണ് അവൻ സുഖത്തെ ആഗ്രഹിക്കുന്നത് പിതൃക്കളാണ് സുഖത്തിന് ഹേതു എന്നവൻ കരുതുന്നു അവൻ സ്വന്തം മാതാപിതാക്കളിൽ നിന്നും സുഖമുണ്ടാകുന്നുണ്ട് അതുപോലെ പിതൃലോകത്തിലെ പിതൃക്കളിൽ നിന്നും സുഖം ഉണ്ടാകുമെന്ന് അവൻ കരുതുന്നു അവിടെ അവൻ അത് പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു ഉപാസകൻ കേവല സങ്കല്പം കൊണ്ട് തന്നെ അവിടെ എത്തിച്ചേരുന്നു പിതൃ സമുത്തിഷ്ഠാന്തി ആത്മസംബന്ധിത ആപാദ്യന്തെ വിശുദ്ധി സത്വതയാ സത്യസങ്കല്പാതീശ്വരേന പിതൃലോകേന സമ്പന്ന ഇഷ്ടപ്രാപ്തി തയാ സമൃദ്ധ മഹീതെ പൂജ്യത വർദ്ധദേ വാ മഹിമാനം അനുഭവം കൊണ്ട് അവന്റെ അന്ധക്കനെ ശുദ്ധമായിരിക്കുന്നുള്ളുപാസകൻ അവന്റെ സങ്കല്പം കൊണ്ട് സത്യസങ്കൽപം കാരണം അവൻ സത്യസങ്കല്പനായ ഈശ്വരനെ ധ്യാനിക്കുന്നുണ്ട് അവന്റെ സങ്കല്പങ്ങൾക്കും സത്യത്വം വരുന്നു എന്നാണ് പറയുന്നു സത്യസങ്കല്പനായ ഈശ്വരനാണല്ലോ ഉപാസിക്കുന്നു ആ ഉപാസനയുടെ ഫലത്തിനനുസരിച്ച് അവൻ ഇത്തരം ലോകത്തെ കാമിക്കുമ്പോൾ അവന്റെ സങ്കല്പം സത്യമായിത്തീരുന്നു ഈശ്വരന്റെ സങ്കല്പം ശബ്ദസ്പർശനുപരസ ബന്ധത്തിൽ നമ്മുടെ മുമ്പിൽ സത്യമായി അനുഭവപ്പെടുന്നത് പോലെ യുവാസനന്റെയും സങ്കല്പത്തിനനുസരിച്ച് അവന് ഈ ലോകങ്ങളെല്ലാം സത്യമായി അനുഭവപ്പെടുന്നു പിതരസമിതി ആത്മസംബന്ധിത ആബദ്ധ്യത വിശുദ്ധ സത്വതയാ സത്യസങ്കല്പീശ്വര സേവതേനപ്പറ്റർ ലോകേന ഭോഗേന്റെ ലോകഭോഗങ്ങൾക്ക് അധികാരിയായി തീരുന്നുപ്രാപ്തിയിലൂടെ ശേഷമുള്ള കാര്യത്തെ കുറിച്ച് പറയണം അതിനുള്ള ഭാഷകാലം പ്രത്യേകം പറഞ്ഞത് അതുപോലെ ഓരോ ലോകവും സമ്മാനം ഇപ്പൊ തന്നെ എന്താണ് മാതൃ മാതാവ് സുഖത്തിന് ഹേതുവാണത് കൊണ്ടുവന്നാ ആഗ്രഹിക്കേണ്ട മാത്ര ലോകമാണെങ്കിൽ അങ്ങനെ ലോകങ്ങളുണ്ട് എന്നിവിടെ പറയുന്നതെന്ന് നമ്മൾ വിശ്വസിക്കുന്നു ആ ലോകത്തെ പ്രാപിക്കുന്നു ഹേതുത്വ ഹേതുഭൂദാസു ഗ്രാമസുന്ദ്രാതി ജനനി മാതൃഷു വിശുദ്ധ സത്വസു അഭിനയിച്ച സംബന്ധവുമായിട്ട് മാതാവെന്ന് പറഞ്ഞാൽ ജീവൻ മനുഷ്യന്മാത്രമല്ലല്ലോ ജീവൻ എന്ന് പറയുന്ന ഭക്ഷ്യം പ്രകാതികളും എല്ലാം ഉണ്ട് മാതൃലോകത്തെ പ്രാപിക്കുന്നു എന്താ മനുഷ്യന്റെ മാതൃലോകത്തിന് പ്രാപിക്കണമെന്നുണ്ടോ ഇവിടെ പറയുന്നു ഗ്രാമസൂകരത്തിന്റെ പന്നിയിടാമ്മ ഉണ്ടല്ലോ പന്നിയിടാമ്മ ആ ലോകത്തെ പ്രാപിക്കും അങ്ങനെയൊരു ലോകം നീച യോജനികളിൽ ആ ജന്മത്തെ പ്രാപിക്കുമോ അവിടെ സുഖത്തെ പ്രാപിക്കുക അതൊന്നും അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് വിപരീതാർത്ഥത്തെന്ന് ഗ്രഹിച്ചു കളയരുത് എന്ന് പറയുന്നു ഗ്രാമസൂകരാതി ജന്മനിമിത്തം അതൊന്നുമല്ല അതൊന്നും കാരണം എന്തുകൊണ്ട് ഇവിടെ യോഗി ഉപാസനമുണ്ട് വിശുദ്ധ സത്വനായനാണ് അവന് യോഗ്യമായ സ്ഥലത്തെ എത്തിച്ചേരും പന്നിയും പൂച്ചയും പട്ടിയുമായിട്ടൊന്നും അവൻ ജനിക്കത്തില്ല അന്ധക്കരണ ശുദ്ധിച്ചുകൊണ്ട് അതുകൊണ്ട് അവൻ ഏത് ലോകങ്ങളോ കാണും ഇവിടെ പേര് പറഞ്ഞ് ഇത് കാണും ഇതിന് കൂടുതൽ കാണാം അവിടെ പറയുന്ന സംഗീതമുള്ള ലോകമുണ്ട് അന്നപാനങ്ങൾ മാത്രമുള്ള തെന്നയും കുടിക്കുകയും മാത്രം ചെയ്താൽ മതി ഗീതവാതിത്രങ്ങൾ അവിടെയെപ്പോഴും ഡാൻസും പാട്ടും മാത്രമായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള ലോകങ്ങളുണ്ടെന്ന് പറയുന്നു ഉണ്ടായിരിക്കാം എനിക്കുറപ്പൊന്നുമില്ല അവിടെ പോയി അതൊക്കെ അനുഭവിക്കാം എന്നാണ് ഉപാസന ചെയ്ത അനുഭവിക്കുക ഉപാസന ചെയ്തില്ലെങ്കിൽ നടക്കത്തില്ല അപ്പോ എന്താണോ സത്യസങ്കല്പാദി ഗുണങ്ങളുപാസിക്കുന്നത് ആ തരത്തിൽ അവന് ഫലം ഉണ്ടാകുന്നു യം യ അനന്തം പ്രദേശം അഭികാമഭോധി അവൻ ഏത് ദേശത്തെയാണ് ആഗ്രഹിക്കുന്നത് നേരത്തെ രാജാവിൻ്റെയും പ്രജയുടെയും ഉദാഹരണം പറഞ്ഞു പ്രജ അവൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് പോകാൻ പറ്റത്തില്ല രാജാവ് പറയുന്ന തരത്തെ പോകാൻ പറ്റും രാജാവിൻ അങ്ങനെയല്ല തന്റെ സാമ്രാജ്യത്തിൽ എവിടെ വേണമെങ്കിലും യഥേഷ്ട സഞ്ചരിക്കാം അതുപോലെയാണ് ഉപാസകന് എം എം അന്തം പ്രദേശം അഭികാമബോധി ഏത് ദേശത്തെയാണ് അവൻ ആഗ്രഹിക്കുന്നത് ഇന്ന് ചെയ്ത് ലോകത്തെ അത് ഫലത്തെ എം സ കാമം കാമയതേ അവിടെ എന്തൊക്കെ സുഖത്തെയാണ് ആഗ്രഹിക്കുന്നത് യഥോക്തരീണിസ്യ അന്ത അവനാദേശത്തെ പ്രാപിക്കുന്നു സങ്കല്പം കൊണ്ട് തന്നെ അവിടുത്തെ അസുഖങ്ങളും അവൻ അനുഭവിക്കാൻ കഴിയുന്നു അഭിപ്രേതാർത്ഥപ്രാപ്തിയാക്കിയ സമ്പന്നോ മഹീതയിൽ അവിടെ അവൻ പൂജ്യനായിത്തീരുന്നു അവൻ ആഗ്രഹങ്ങളെല്ലാം നേടിയിട്ട് ഉപാസകന് ചുരുക്കം പറയുന്നതാണ് ഇവിടെ പറയുന്ന തരത്തിലുള്ള വൈദികമായ ഉപാസനങ്ങൾ ഈശ്വന്റെ സത്യകാമൻ സത്യസങ്കല്പനായിട്ടുള്ള ഉപാസിച്ചു കഴിഞ്ഞാൽ അവന് അവനെന്ത് സങ്കല്പങ്ങളാണോ അവൻ്റെ കൂടെ ഉള്ളത് ആ സങ്കല്പങ്ങളെയെല്ലാം പ്രാപിക്കും അതിന് ഈ ശരീരം വിട്ടിട്ടായാലും ഈ ശരീരം നശിച്ചിട്ടായാലും ശരി പരലോകത്ത് പോയാലും ശരി അത് സാധിക്കും അതാണ് ഉപാസനയുടെ ഫലം അവിടെ തന്നെ ഫലം പറഞ്ഞു സത്യനിഷ്ഠന്റെ കാര്യവും പറഞ്ഞു